لا يعني تنجل. لا يعني مريضا. فقلت زمان فلا هسرتا لما فات من يوم وما بالنعام. هذا يعني مريضا. وما هي إلا ليلة ثم, ثم يومها. في يوم إلى يوم وشهر إلى شهر مطايا يقنّي من الجبيد إلى الغلا ويبنّي من عشلاء السهل إلى القبلي ويترسن أضواج الغيور لغيره ويتقن ما يهدي السهل هو من البطل وما هي إلا بيوت ഈ ദുര്യാവി എന്നത് ഒരറ്റ് രാത്രി ഇല്ലാതെ അവസ്ഥ ഒന്നുമില്ല ആ രാത്രി നേരം വെളുത്ത് എന്ന തുമ്മ യോമുക അതിന്റെ യോമം ഉണ്ടാവും അങ്ങനെ വന്ന ഒഴി ഒരു യോമിന്റെ വർച്ച് ജ്യോമിൻ ചേക്ക് അങ്ങനെ വന്ന പിന്നറിയാവുന്ന ചെറു ഒന്നില്ലാ ശരി ഒരു ചേർന്ന് നടത്തിയ ചേരണം ആകെ പിന്നെ കാരണം ഇതേ ഉള്ളൂ മഹായ ഇതെല്ലാം വാഹനങ്ങളാണ് ഒരു വാഹനം എങ്ങനത്തെ വാഹനം യു കാലി വിരൽ പുതുമയുള്ള സാധനങ്ങളുണ്ടെന്നും അതിനത് അടുപ്പിക്കും ഇരൽ വില നാചത്തിലേക്ക് അടുപ്പിക്കും അങ്ങനെ പറയാൻ പറ്റും നല്ല വാഹനം കെട്ടി വെക്കാൻ വേണ്ടി വാർത്താമോ ബില വില അച് നല്ല ആരോഗ്യവാനായ മനുഷ്യന്റെ അസിലാൽ ഉണ്ടല്ലോ അംഗങ്ങൾ അസിലാൽവസിലാൽ അംഗങ്ങളെ അടുപ്പിക്കും ഇതിനെല്ലാം കബറിലേക്ക് അടുപ്പിക്കും നല്ല ആരോഗ്യവാനായ മനുഷ്യന്റെ നല്ല ചോറത്തോട്ടുള്ള അംഗങ്ങളെല്ലാം ഒറ്റപ്പെട്ടു കബറിലേക്ക് എത്തിച്ചു അങ്ങനത്തെ വാഹനങ്ങളാണ് വയസുക്കിന് ആ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നു അഗ്വാദൽ അയൂരി പറഞ്ഞാൽ വല്ലാതെ തെയ്റത്തുള്ള വ്യക്തിക്കാണ്ടൂറ് അതായത് എന്റെ ഭാര്യയാളെ ബാറാളെ തൊട്ടക്കോ എന്ന് ഭയങ്കര തെയ്റത്തു കാട്ടുന്ന ആളുണ്ടാവും മനോരമക്കോ ഓടാൻ തൊട്ടക്കോ ഓളവാള ചിരിച്ചേക്കോ ആ വെയ്റത്തു കാട്ടന്ന് ആ മനുഷ്യനായ ആ മനുഷ്യന്റെ അഴുബാദിനടുക്കുന്നില്ല കൈ ബാറാക്കൊടുക്കുന്നു റയൂറായ മനുഷ്യനുണ്ടാക്കി വെറ്റി ഭാന്റെ അഴുബാദിനെ കുറിച്ച് ആയി കൊടുത്ത് ഈ വാഹനങ്ങൾ നിങ്ങൾ കോഹനി വെച്ച് തരും മായീരോ ബഹീരായ മനുഷ്യൻ നിർമിച്ചു കൂട്ടിയ വസ്തുക്കളെ മീനൽ വസരി ദിഞ്ചാവിന്റെ പല കോപ്പിനി വഹ കോപ്പുണ്ടല്ലോ ഈ കോപ്പ് ചെറിയാണ് ചെറിയോ ബഹീർത്തരം കാട്ടി ജോലി വെക്കാത്ത മനുഷ്യനെ ഉണ്ടാക്കും ജോലി വെക്കേണ്ടി വരുന്നുണ്ടല്ലോ ഈ വാഹനം വന്നിട്ട് ഔതാഹരണം അത് ഓ ഒരു ഞാൻ തരാം കാലത്തിന് മിക്കമി പറയുന്നു അൽ അജബ് അജബി അൽ അജബുല്ലി ഭയങ്കര അത്ഭുതം അത്ഭുതമായ അത്ഭുതം മുഴുവനും പറയേണ്ടായിരിക്കും നിമ്മൻ ഒരാളായിരിക്കും يَضْرِبُ عَنْ وُدِيْ فَا يَنُّو مِمَّا أُومِنَتْ تُنَامُ بِكَ عَلَهُ وَأَنَّهُ أُومِنَتْ تُؤْنِيْ رَتِيْلًا اَذَا مَوْتِ مَوْتُهُمْ أَفْرَاحُنْ لَا يَتُؤْتُ رَتِيْلًا كَمَا يَقُوْلُ أَنَّهُ وَأَنَّهُ وَأَنَّهُ تَفِرُّ مِنْهُ نُنَّ اللَّهُ وَيَضْرِبُ عَنْ تَرُغَيْنُ مَالًا بَقَاءَ لَهُ مَأْبُو عَبْدُهُ وَلَكُمُ أَذِنَ وَيَسِيْتُ لَا تَصَابُنَ اَذَا الْجَامُ ആ കളി കാണുമ്പോ അത്ഭുതമായ അത്ഭുതമൊരു എന്ന് തോന്നുന്നു എന്താ താമൽ അബുത്താറു വദാ താമൽ കൊതുകുല്ലൂറ് ഇത് കണ്ണിന്റെ ഗുരുടല്ല കൽവിന്റെ ഗുരുഡാണിവിടെ സംഭവിച്ചത് കണ്ണിന്റെ ലാഹരായ കണ്ണിനല്ല ഇപ്പൊ ഗുരുട് ബസീറത്തിനപ്പൊ ഗുരുള്ളത് അബുസാറും ബസീറത്തും ഉണ്ടല്ലോ ബസാർ ബസീറത്ത് ബസീറത്താകുന്ന അതാണിത് ിത്തുക അതിന് ചെറുതും വാദിച്ചിരിക്കുന്നു അതാണ് ഇതിന്റെ കാരണം ഇവിടെ മാലാ ബാലഹു മംപിക്കാത്ത ലഹു രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് കർത്തീപ് നോക്കതാ ആകെ ലംസിക്കാത്ത ലഹു ഒന്ന് ലാ ബക്കാലഹു രണ്ടെണ്ണം പറഞ്ഞില്ല എപ്പ മാല ഹിന്ദിക്കാത്ത ലഹു ഒന്ന് മാലാ ബക്കാലഹു അത് കർത്തീബ് لا بقاله محبود انه ورد هو سهوته ومحبوبه الفانيه و الذي لم يكاكره عنده و ان الله تعالى نظرنا موته نظرند الله اذ هو الله تعالى ثم رمى ذكر حجاب الناس لله <تصفيق> ഹിജാബിൻ ആ അനില്ല ഈ അന്നാവിനെ തൊട്ട് ജനങ്ങളെ ഇജാവാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പോയത് നോക്ക് ആ വാണ്ട ബുരാജു ഇതൊക്കെ ഉണ്ടല്ലോ നീ വിട്ടുകടക്കുമ്പോഴൊക്കെയും അനൽ അജിസാമി ആലമുൽ അജിസാമിനെ തൊട്ട് ഈ ഭൗതികമായ ലോകത്തിനെന്തോ ആലമുൽ അജിസാം അല്ലെങ്കിൽ ആലമുൽ അച് എന്നൊക്കെ പറയും ഇതിന്റെ ലോകത്തിന്റെ അപ്പുറം ഉണ്ടെങ്കിൽ എന്ന് പറയും ആലമുൽ മഹാനെ അല്ലെങ്കിൽ ആലമുൽ അറുബ എന്നൊക്കെ പറയുമല്ലോ അപ്പൊ ഈ അജിസാമിനെ തൊട്ട് നീ എത്രത്തോളം വിട്ടുകിടക്കുന്നുവോ അത്രത്തോളം അബു തറുത്ത നൂറൽ ഹി ഹത്ത് നൂറിനീ കാണും അത് പുഞ്ചിരി ദൂരായിട്ട് ഞാൻ ചോദിയിൽ കാണോ നൂറുൽ ഹക്ക്ബൻ കൊമ്പ് കഴിഞ്ഞിട്ടുണ്ട് എന്താ കൗരി മുസന്നിഫ് പറഞ്ഞല്ലോ ലംഞ്ഞി ഊഹാനി എന്ന് പറഞ്ഞില്ല മായിട്ട് മനസ്സിന്റെ മനസ്സ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആലമുർ റുഹാനിയിലേക്ക് കണ്ടു പറഞ്ഞത് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ആലമു റുഹാനിയും ആലമുൽ തമ്മിലുള്ള വ്യത്യാസം അവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹുബ മഹാ ഹിസ്മത്തിനിന്നു മഹാൻഹൂബാല ഹിസ്മത്തിന്റെ നുഹൂറിന്റെ സ്ഥലമാണ് ആലമുൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ ഒരു സബവ് മറ്റൊരു മുട്ടഭ പാക്കിയിട്ട് വെക്കുക അതെ ഇതിനാൽ ഇതുണ്ടായി ഇതിനാൽ ഇതുണ്ടായി ഇതിനാൽ ഇതുണ്ടായി അതിനാൽ ഇതുണ്ടായി ഇതിന് കോർക്ക വെക്കിയിട്ടൊരു കോറവ ഈ ലോകം കമ്മിറ്റിണ്ടതെങ്കിൽ ഒന്നിൽ ഒന്ന് ഒന്നിൽ ഒന്നാക്കിട്ട് ഇങ്ങനെ കോർത്തിളക്കിട്ട് പരസ്പരമുള്ള മന്ദപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചുറ്റുമത്താം അന്നായി തലാൽ ഹക്കീം ഹക്കിന്ന ലി അന്നു പറഞ്ഞിട്ടെന്താ ഈ അന്ന ഹറേതാ അന്ന വിഷ്മ താരീരിക <Prophet> ി എന്ന് പറയുന്നത് അല്ലാൻ റുഹൂറിൽപ്പെട്ടതാണ് എന്നതാണല്ലോ ജിംല ആ ജുംലയ്ക്ക് തരീരല്ലേ അന്നമിൻ അപ്പൊ അള്ളാഹു അസ്മാൽപ്പെട്ടതാണ് ഹക്കീം എന്ന ഇസ്മ എന്നതാണോ തരീരി അള്ളാഹ്ക്ക് ഹക്കീം എന്ന ഇസ്മുണ്ട് അതാണ് എന്റെ കാരണം അപ്പൊ ഇസ്മ തനുസരിച്ച് പ്രവർത്തിക്കും അപ്പൊ ആലമുൽ ഇസ്മാനി വേണം എല്ലാ അന്ന ഇസ്മ അറിയപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് ഈ ആലമുൽ ഇസ്മാനി എന്നത് അള്ളാഹുബിന്റെ അൽഹക്കീം അന്ന ഇസ്ലിന്റെ വളർത്തിപ്പെട്ടതാകുന്നു എന്നും ആവാം അതും ആറ്റുവാലമുൽ മറ്റൊന്ന് അള്ളാഹു തല അസ്മാവുണ്ട് സിഫാപ്പുണ്ട് കുതിരത്ത് എന്നുള്ളത് അള്ളാഹിന്റെ സിഫത്താണ് അതിൽ നിന്നുള്ള ഇസ്മാണേത് കബീർ അല്ലെ അപ്പൊ കുതിരത്തുടേവനായ കബീർ അമ്മാവസ് മഹാനും ഒറ്റ അവന്റെ കുതിരത്തെ സകർപ്പം നടത്തുമ്പോൾ കൊറേ ആസാദ് കളിക്കുന്നു അതെവിടെ ഈ ലോകത്ത് അതുപോലെ ഇറാദത്വം ഈ കായികത്തുകൂടെ അച്ചുപറയ്ക്കാൻ കുറെ അതിഭാത്ത കിട്ടുമല്ല വാജിവാജിബാത്ത അസീതയിൽ ചില്ലറിയിട്ടുണ്ട് എന്നല്ല പുതിരത്വം ഇറാദത്വം ഇത് അയാത്തറും കലാമാര കിട്ടിയല്ലെന്ന ും കലാമും ആലമിന്റെ കലാകാല പ്രകാരൊക്കെ കുതിരത്ത് ഇറാദത്ത് ഇന്ന് ഹയാ നാളെണ്ണം ബത്തറും കലാമും ആലമൊക്കെ ആയിരല്ല അതുകൊണ്ട് കലാം ഇല്ലാതെ മനുഷ്യൻ ആലമുണ്ടാണ്ട് പറഞ്ഞു നാ വളപ്പു പൊടിയെടുക്കൂന്ന് പറഞ്ഞ വർഷത്തിൽ പഠി നല്ലോണം നീങ്ങിണ്ടായിരുന്നു രാസലറിയിക്കുന്നതാണ് കലാമില്ലാണ്ട് കല ആലമിനാവശിക്കില്ല പണിയാണിമാരുണ്ടാവും കല്ല പണിയെടുക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ കുറിച്ചുണ്ടായിട്ട് കലാമിന്റെ മുതൽ അറിയിക്കുന്നില്ല അതുകൊണ്ടാ പറഞ്ഞത് എന്താണ് സ്തം ബസ്റും അവിടെ ചെവിടേക്കാത്താണ് കണ്ണുകളും പണിയെടുക്കാൻ ആളുമുണ്ടാവുന്ന വളർത്തിയില്ലാണ്ട് സ്വന്തം ബസ്ത്രം കലാമുണ്ടാകും അച്ചനിയാണെങ്കിൽ നെക്കനിയാണെന്ന ആളുവിന്റെ തലാകത്തല്ലാന്നോ പിന്നെ അസിയായ തരയിലും മറിക്കാനവാതിൽ അന്നിച്ച് പാട്ട് കമാലാസ് ഈ പറയപ്പെട്ട സമ്പം വസ്ത്രം കലാമൊണ്ടാണു കമാലാത്താകുന്നു അതിലിത്തോക്കാനുമാകുന്നു അപ്പൊ അള്ളാഹുബാഹത്തല കമാലാത്ത് വാജുവാകുന്നു നുഖത്താൻ മഹാലുമാകുന്നു അതുകൊണ്ട് സംഭവം വസ്ത്രം വാജിവാകുന്നു എന്നുണ്ടാക്കാൻ എത്തിക്കുണ്ടാക്ക ആലവൻ തരാത്തോളമില്ല ജനയാത്ര നിഗൂഢതോ അസീലേരി അസീല ഓറയിച്ചു നമുക്കമായ അവൻ അസീല അസീലാണ്ട് പിന്നെ അമ്മ അവനെ പറ്റി തസ്തില്ലെ മുഹമ്മയായ്മും കസിയും വേണ്ട പ്രധാനപ്പെട്ട് കസിയോട്ടാണ് അസീത് ഓടാണ്ട് അവരയിലല്ല മുസ്ലിംമായ ഒപ്പാക്കും ഉമ്മാക്കും ജനിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അസീലിത്തിൽ വരുവപ്പോ ആ മുസ്ലിം മായത്തിന് ഓരൊന്നും അല്ലാണ്ട് മുസ്ലിംമായ പെണ്ണിനെ ഒടുക്കിച്ച് കൊടുക്കും മുസ്ലിമിനെണ്ണും ഓണിക്ക് മെമ്പർഷിപ്പ് കൊടുക്കും ഇതെല്ലാം അസീ അറിയാനുള്ള സ്ഥലമാണ് ആലമുൽ അത് കത്തപ്രഭാത്ത എന്തിനാൽ ഇതിലാല് കബള് ബസ് എനിയാൽ ഈ മാസത്തെ റയൽ ധാരിക്കാം ഐസാദ് പറയുമ്പോൾ എന്തായാലും ഐസീന്റെ പ്രകടനമാണ് ഇതിലാണ് മുസിലിന്റെ പ്രകടനമാണ് കബുദാ കാബിലാണ് ബാസിത്താണ് മറ്റേതോ മസീ മുമീദാണ് അല്ലെങ്കിൽ വരും പിന്നാലെ കമ്മ്യൂണിസ്റ്റിൽ ആവില്ലാത്ത പറഞ്ഞാൽ ഇനി മൂന്ന് ബഹുമാൻ മഹല്ലുല് നുഹൂരിൽ റബൂദി എത്തി റബോദിയത്ത് വെളിപ്പെടാനുള്ള മഹലാണ് ഞാൻ ആരമുൽ അല്ല എങ്ങനെയുള്ള ബോദിയത്താണ് ബിഹാർമാലും റൊബോഡിയത്തിന്റെ കമാൽ കിട്ടലുകൊണ്ടാണ് തക്കാകുലി ഇപ്പം ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുമ്പേ ഗുരുവനും ശിഷ്യനും ആ ബന്ധം സ്ഥാപിക്കപ്പെടണമെങ്കിൽ രണ്ട് അപ്പുറം ഇത്ര ഇപ്പാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുമ്പോ ഗുരുമാത്രമായാലും അതിന്റെ വെളിപ്പെടുന്നില്ല കമാലിയത് ഉണ്ടാവും ചെറു വിളിപ്പഴുണ്ടായിരുന്നു അത് ശിഷ്യനൊക്കെ പറഞ്ഞോക്കണം ശിഷ്യന് ഒരു ഗുരുണ്ടാവണം ഭാര്യ ഭർത്തന ബന്ധം വേണമെങ്കിൽ ഭർത്താവിന്റെ പൗറും ഭാര്യന്റെ അതും ഭാര്യത്തും എല്ലാം വിളിപ്പടണെങ്കിൽ അതും അത് ബന്ധം വേണം ഇതുപോലെ അമോബിയത്തിപ്പറുണ്ടാകുമ്പോൾ കമാൽ അമോബിയത്തിന്റെ കമാലിയത്തോട് അതിന്റെ എത്ര ആറ് വിളിപ്പെടുന്നുള്ളൂ മുതലായവ അതിനെ നേന ഉണ്ടാകും ഉണ്ടാകും കുവത്തുണ്ടാകും ഏമുണ്ടാകും മുതലോശത്തുണ്ടാകും അവന്റെ അത് ഇത് കിട്ടി ഇനി പരിഹാരമായി ഇത് കിട്ടാ ഇത് കിട്ടാത്തത് കൊണ്ട് അങ്ങോട്ട് ചോദിക്കലായി അല്ല ുന്നു ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നു തന്നെ ഇല്ലത്തൊരു സംഭവം തമ്മിൽ ചെറിയ വ്യത്യാസം തന്നേ ഉള്ളു ി മുബി അജാബ് സംഭവിച്ചു അപ്പോൾ ജനങ്ങൾ അസ്ബാബിനോടൊപ്പം ഒന്നിച്ചും കൂടി അവാുദുകളും സാധാരണ പതിവായുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടല്ലോ അതുമായി കൂടി സ്വഭാവം കൊണ്ട് വൈകിട്ടൊന്നുവാൻ ആദത്തുപരങ്ങൾ വരുന്നോണ്ട് വൃഷ്ടം വളർന്നു വരുന്ന ആവശ്യമൊക്കെ പോയി എല്ലിൽ അള്ളാന്റെ വക്കൽ നിന്നുള്ള ഭവീദുകളും മുബായിബുകളും തൊട്ട് അവർ തടയപ്പെടുകയും ചെയ്തു നമുക്കു ഈ തലതി താശ്ശേരി ഈ അസ്ബാബുകളെ തഹസീലാക്കുന്ന വിഷയത്തിൽ അവർ മുഖം കുത്തി വീണു എന്തിനായി ഈ താശ്ശേരി മുസബാബി ആ മുസബാബുകൾ അസ്ബാബ് നോക്കാൻ തുടങ്ങി വർത്തവത്വവും അങ്ങനെ അതുമായിട്ട് അവർ കെട്ടിപ്പണഞ്ഞു അസാബൻ അഹിലി ജഹിദാർ വിചാരിച്ചു അന്നമുബുദ്ധി ആബുദ്ധയാണ് അത് ആ വിചാരം കാരണത്താൽ അവരിലേക്ക് കടന്നു ഹമ്മി റിസക്കിന്റെ ഹമ്മ ജോലിയില്ലെങ്കിൽ പണമില്ല പടമില്ലെങ്കിൽ ചോറില്ല അസ്മാവ് ഇല്ലെങ്കിൽ സഭമില്ലെങ്കിൽ അസ്മാവ് മുസഫം ഇല്ല എന്നത് ചേച്ചി അത് തന്നെയാ ഉണ്ടാക്കുന്നു അതാണ് പടപ്പോഴോടുള്ള കൗപ്പും കാരണം ഓറും പൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം അന്നം മുടങ്ങിപ്പോ അപ്പോൾ ഉറപ്പില്ല ഹൗഫി ആകെ മരത്തികെന്താ പറഞ്ഞത് മൂന്നല്ലേ പറഞ്ഞു അമ്മയുടെ ഹൗപ്പൻ ഫൽക്കും പിന്നെ യസീനന്റെ കുറവും അതെന്ത് സംഭവിച്ചുമാലിഹിം ഈമാലിന്റെ തുറക്കു കൊണ്ടാണ് ഹിജാബി ഹിം റബിഹിം റബ്ബിനടുത്തുള്ള ഹിജാബുമാണ് اذ قند فما نراى الله عنايته الله سبحانه وتعالى ورتنه كنت عنايته بجاريك رفع الحجاب ان قلبه يولدك ادنيت حجابني يهرتم فارى ان هذا العالم ياسره ان عالم نتت مدونهم ونغلقون ورفع همته الى ربي رفلكن ولد همته يوقنها ും അവന്റെ മുഖത്ത് അൻവാറുകളിലാച്ചിരിക്കാൻ തുടങ്ങുന്നു അതാണ് അത് അവസരത്തെ നൂറൽ തീ താമിരമാക്ക അനമില്ല فحصرت لك الغيبه وانه علبت تمام اديتت تماما يا غيبت منك قد تكنال اندرتم مهما تعت بيت عن الذي سامي ارى بك يا ابو ثرت نور الحقي لبتي سامي انا ابو ثرت نور الحقي في بدحي അവസ്ഥ നൂറല്ലേ നൂറല്ലത്തിനെ നീ കാണും അപ്പോ ഈ വധി വജിഹി നീ വജിയെ ചേർത്തിക്കാനാകുന്ന ഈ ഭാഗത്താണെ അതിനകം തന്നെയല്ല വജി ചേർത്തിക്കാനേ വന്നു നാളുന്നു നിന്റെ തിറാകുന്ന വധിൽ നീ കാണുന്നല്ലേ അറിയുന്നു കൽബിന്റെ ബാസിന്റെ ആ തിറാകുന്ന വതിഹിൽ നൂറുള്ള അക്കരെ നീ കാണും പുറമെ കാണോണ്ടല്ലേ കാണുന്നു ഒരു ഹീ അധികം എങ്ങനെ കാണും തപുത്തിട്ടാമിയത് പുഞ്ച ആ പുഞ്ചി ചൂടേതായി കാണാം നിന്നെ തുള്ളി പുഞ്ചിരിക്കുന്നത് കാണാം ഈ വധുഹീട്ടെ അതെ നിങ്ങൾ പഴമുണ്ടെങ്കിൽ അതാണ് അൻവാറുൽ മലക്കൂത്തും അസുറാറുൽ ജഹ്റൂസുമാണ് മലക്കൂത്തിന്റെ അപ്പുറമാരുടെ അൻവാറു പറഞ്ഞു മോലുള്ളതിനു പറഞ്ഞു അസുറാറും പറഞ്ഞു അജബ ഖാൻ ഈ അൻവാറിനത്തൊട്ടും അസുറാറിനത്തൊട്ടും നിന്നെ തടഞ്ഞത്തില്ല ഇല്ല ചോദോ കൽബിക്കാര്യങ്ങളെ കൊണ്ട് കൽബ് ചോലാപരല്ലാതെ മറ്റൊന്നുമില്ല فَادْعُ بِعِبَادَهَا لِرَبِّكَ عَذِنَ لِنْدَ رَبِّ النَّبِيِّ بِعِبَادَةَ بِتُؤَ جَرُوهُ لُكُمِنْ نَاهُودُ عَنْوَارِ قُدْسِهِ اللَّهُ سُبْحَانَهُ يُعْذِبُكَ اللَّهُ سُبْحَانَهُ وَتَعَالَى لَنَكِي وَلَا حِتَّجُمْ مِنْهَا نَذِنْدَ قَرِيبَ بَغَلَمَ نَذِنْدَ بَغَلَمَكُمْ ذُهُودَ أَنْوَارِ قُدْسِهِ اللَّهُ إِنْ أَنْوَارَ قُدْسِهِ ذُهُودِهِ أَوْنْ بَغَلَمَكِ تُرُمْ ിൽ ചെല്ലൻ വാർപ്പുകൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഹെറ്റിന്റെ ഹജാത് മാറ്റി നിറഞ്ഞു ഹിറ്റ് പഞ്ചക്ക് പ്രകടമാകുന്ന കാര്യങ്ങൾ അതുകൊണ്ട് മാത്രം എന്നപ്പോൾ അൻപാറ് തടഞ്ഞുപോയി അതാണ് കമാറൈ ദേവി കൗലിയും തന്നിപ്പ് പറഞ്ഞത് مَرَّ مَرَّتَ كَيْثَا أَنْتَ بِهِ لِلْحِصِّ أَرَكْتَ فِي نَفْسِكَ مَا يَنُصِّيتْ نِزْتِنَ قَبِيلِيَّتُ تُட் നീ അപ്പോൾാണോ ഇരുന്നത് നീ അപ്പോൾ എല്ലാം നിന്റെ നപ്തിരണ്ടാകും നപ്തിൻ്റെ പാല അതിക്കു കൂട്ടും എന്ന് പറഞ്ഞു मसलन قلت من, من, من الصناعات الصوفية الاصلاحات الفطدان أنهم يعبرون بالحصص حص يعني بھارت എന്തിന തൊട്ട് അമ്മ കാണുന്നില്ലേ ബസറുണ്ട് കാണുന്നത് എന്തെല്ലോ അതിനെ പറ്റിയല്ല എന്ത് പറയും സൂസിയത്ത് പറയാറുണ്ട് മായന എന്നി ഭാറത്തുടു എന്നിടത്തൊട്ട് അമ്മ യുദിറുബിൽ ബസീറത്തോൺ നിതരാക ചെയ്യപ്പെടുന്ന ആ കാണാത്ത വസ്തുവട അതിനെപ്പറ്റി എല്ലാ എന്ത് പറയും വിനൽ മഹാനി ലഖീഫത്തിൽ അതിസാമിൽ നിലനിൽക്കുന്ന ലഫീഫായ കൊറേ മഹാനികളുണ്ട് അത് വെറുതെ നിൽക്കുന്നല്ലേ പറഞ്ഞതന്നെ അതെന്താ ഒന്ന് അസുറുദാത്താം മറ്റൊന്ന് മഹാനി സിഫാട്ടം അപ്പൊ അപ്പൊ അത് കദീമാവട്ടെ ആദിസാവട്ടെ എന്തു ആവട്ടെ പുല്ലുക്ക് മുഴുവനും ആയിട്ട് ഓഹരി വെക്കാൻ നീ ബായിരം കൊണ്ട് കാണപ്പെടാൻ തന്നുണ്ടോ അതെല്ലാം അതിന് അപ്പുറം ഇതരാ ഭോ ഇതരാക്കെ ചെയ്യാവുന്ന കമ്മിറ്റി എന്നുണ്ടോ എല്ലാം മാന ശരി ഇത് പാത്രം പോലെയാണ് ഹിസ്റ്റ് വൻ മാന മബുറൂഫ പാത്രത്തിനുള്ളിൽ അടക്കപ്പെട്ട എന്ന് പറയുന്നത് വൻ ഹിസ്തു ലാ എംപത്വനിൽ മാന ഹിസ്റ്റ് മാന ഇല്ലാത്ത ഒരു ഹിസ്റ്റ് ലോകത്ത് അന്ന് പഠിച്ചിട്ടില്ലെന്ന അത് ശൂന്യമായ സാധനം ഇരിക്കില്ല പഠിച്ചിട്ടുണ്ടായിരുന്നു വേറെ മാനയില്ല ജനങ്ങനെ പഠിച്ചത് ബെർഡെ അങ്ങനൊന്നും ഇല്ലല്ലോ മാനും മുമ്പക്കാവ് ഹിസ്റ്റ് ലോകത്തിൽ ഇല്ല മിസാൽ ലാലിക്ക അതിൽ മിസാല് പറയാ ആ സൽജത്തു ഒരു മഞ്ഞു കട്ടിറുഹാ സൽജത്തും നാഹിറ് നോക്കിയാൽ മഞ്ഞും കട്ടാണ് ബാത്തിനു ഹാ മാത് ഇപ്പൊ പാഹിറുൽ ജാമ്യു അപ്പൊ ഉറച്ചിരിക്കുന്ന കക്ഷയാ കരപദാർത്ഥം മറക്ക ുന്ന ആ ബാത്തിനുണ്ടല്ലോ അതെന്റെ അപ്പൊ കത്തൽ കൗന് കംപ്ലീറ്റ് ഒരു മഞ്ഞുകെട്ടമായ കണക്കാക്ക ظاهره كثيفا ويتما حيصا عندنا ظاهر كثيفا حيصان باطنه رقيقا ويتما ماينا ففيه قال الجيلي الذ الكريم الجيلي يعني تنقوم الاو امر الكون فيتم ثاني الاك ثلجتين وانت الحلم ما الذي هو نابئون مثل مثالا كده رب الذي الله سبحانه وتعالى عنده اسرارال ايهذان മാനിയെന്ന് കളിക്കാൻ പുറമേ മഞ്ഞും കെട്ട ഉള്ള അതിന്റെ ബാത്തിന്റെ കിടന്ന വെള്ളം അതിനേ ഇതുപോലെ ഹിസ്സും ബാസിന്റെ മാനിയും എസറാട്ടുകളാണ് നമ്മൾ തെഹക്കാക്കിയാൽ വെള്ളമല്ലാത്ത ഒറ്റ ഒന്നുമല്ല പിന്നെ വാ ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലെ അതിന്റെ ഭാഗത്തുനിന്നു നോക്കണം റൈറാണ് എൻ ടി അയിന ഉള്ളത് അത് മറ്റേ ബൈസം നോക്കാറു കിട്ടത് സുമ ഇന്നൽക്കുബാനൊ തലി തൽജ് മാഗല്ല മാറല്ല ഒന്നാണ് മുത്തഹിരാക്കി അതേ അവസരത്തിൽ നോക്കുമിലോ രണ്ടും രണ്ടാണ് താനും സുമ്മ ഇന്നൽ ഹക്കുബാനിൽ ഹിസ്തിന്റെഹക്കാവും ആയിട്ട് പരസ്പര വൈരുദ്ധ്യമുള്ളതാക്കി ഏതോടൊപ്പം ആ തലാസും ഹിമാ അത് രണ്ടും തലാസും ഉണ്ടതാലും ഒന്നും ഇന്ന് വിട്ടുപോകുന്നുമില്ലാൽ വയന്റെ അതിന് കുറെ പോരായ്മ ഉണ്ടാവുന്ന വന്നില്ല അതുല് ഇതെന്താ ഉള്ളത് ഇന്നത്തെ പറയേണ്ടിട്ടുണ്ടപ്പജിദ് ജഹില് അദമ് ഇങ്ങനോട് പോകുന്നു പിന്നെ വഹക്കാമുൽമാന ഹക്കാമുറിയാണ് വഹിയിൽ കമാലാത്തത് കമാലാത്തുമാണ് അതുകൊണ്ട് പമൻ അറാദുൽമാന മായകുന്ന കമാലാത്ത കൊണ്ട് കിട്ടാൻ ഒരാൾ ഉദ്ദേശിച്ച മുഴുവനും കിട്ടണമെങ്കിൽ പൽ ഞാൻ അനിൽക്കാമി إسنا ترتم مع الكامل ترتم أذين العكامل ترتم أذن غايب الله غايب الله ولك أبيام رابي شوله أذان وهذا معنى كوله ما امرتقيتا عن قبيل الحس إن وره الارطب بيس لي أدركت في نفسك معنى العث نفسي إن ونال أي أدركت في ذاتك في نفسك نفسك മായനെ മായന റോഹിൻ റോഹിന്റെ മായന റോഹിൻ ലത്തീഫാണല്ലോ അപ്പൊ അപ്പൊ നിന്റെ ധാത്താകുന്ന ഈ കസാഫ് തുടയ വസ്തുവിൽ എന്താക്കും ലതാഫ് തുടയ റോഹിന്റെ മായന ചെയ്യാൻ കഴിയൂന്നായി ലീഫായ ധാത്തിൽ ലത്തീഫായ റോഹിന്റെ മായന എതിരാക്കി ചെയ്യാൻ കഴിയൂന്നായി والروح لطيفة نورانية قائمة بالبذن روحنا اللذي لطيفان نورانية هذا بادر اللذي كنّو هذا قبيل المعايي البتدان فظن عرف نفسه عرف ربه انعلى الله بانده والنظر ولا احفرق بين روحانيته ومشريته ابر روحانية اللذي بشريته روحانية اللذي اندار اندار له لطافة انداره معاني انداره ബഷരീത്തിലോ കത്തുണ്ടാകും കൊറേ പോരായ്മകളുണ്ട് കമാലാത്തുണ്ട് ഈ രണ്ടെണ്ണത്തിന്റെയും ഇടയിൽ വേർതിരിക്കൂല ഇല്ല മന്ത് ഇല ആലമിൽ മനീ ആലമുൽ ഹിത്തിൽ നിന്ന് ആലമുൽ മനിയിലേക്ക് മേലോട്ടേക്ക് കരകയറിയ മനുഷ്യനല്ലാതെ വേർതിരിക്കാൻ കഴിയൂല െ ഒക്കിട്ടില്ല ഇല്ലാതിൽ തൂക്കും അതിൽ നിന്ന് മായാനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഈ ഹിസ് കണ്ടാൽ എന്താക്കണം അതിൽ നിന്ന് മായനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട ഒരു സാധനം മാത്രമാണ് അല്ലാണ്ട് ബുറവ് ഒരു സാധന ഒരു പഴാൻ വരയ്ക്കുമ്പോ നാലും ഇങ്ങനെ വരവരച്ചാൽ ഈ വരയിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം വരാൻ പോകുന്ന പറഞ്ഞ പിടിച്ചെടുത്തോളു ആണല്ലോ എന്ത് പറയുന്ന അയേതാ ഈ മായന മാരിഫതുന്നല്ല അപ്പൊ ഈ ഹിസ്സിന്റെ ദുഹോർ ഇല്ലെങ്കിൽ ം അതാരിക്കും ഹിസ് നിരാഹരി കറക്കാന്ന പറഞ്ഞത് നേരെ വസ്തു വസ്തുവായ ആളുകൾക്ക് പിന്നെ അതിന്റെ ആവശ്യം കഴിഞ്ഞില്ലാ ഭന ഈ മായനന്റെ ഭുജൂദ് നിലനിൽക്കുന്നില്ലെങ്കിൽ മാക്കാമൽ ഈ ഹിസ്തു നിലനിൽക്കുകയും ചെയ്യില്ല അള്ളാഹുന്റെജൂത് കൊണ്ടല്ല നിലനിൽക്കുന്നത് അല്ലാതെ നിലനിൽക്കുള്ളു وَهُمَعِنَا قَوْلِ الشَّيْخَ أَبِي مَدِيًا رضي الله عنه قولنا معنى ذانا عَلَّكُ مُتَّبِدٍ وَالْوُجُودُ مُستَمِدُّ وَالْمَادَّةُ مِنْ أَيْنِ الْجُودُ فَإِذَنْ قَتَعَ الْمَادَّةُ إِنْ هَدَمَ الْوُجُودِ دَ مُنْبُدِينَ يَلَى اللَّهِ إِكَ مِلْكَي يُوَيْتُونَ لِلَّهِ عَلْحَكُ مُتَّبِدُّ و والمادته من عين الجود فيلنگತাতൽ الماده وجود. وجود هذا أن هذا ناوكل في هذا الوجود الناذ പറഞ്ഞു शेख ابوಮദി رضی الله عنه പറഞ്ഞു حق المل المتبيدന്നാണ സ്വന്തം നടിക്കുന്നവനാണ് മറ്റൊന്നിലേക്കും ആവിശമില്ലാത്ത മുസ്തഗ്നിയാണ് วजूद วजूद 하다มาഹปടത്തെ ലോകം ಅದು මුತ್ತಮಿದ್ದാണ് എന്ന് അല്ലാന്റെ വാക്കിൽ നിന്ന് วजूद ഇനെയും അതിന്റെ നിലനിൽപ്പിനെയുംപ്പെട്ടിരി നിൽക്കുന്നതാണ് எப்ப தருലാ എന്ന് പറഞ്ഞു അപ്പം ഈ ഉജു നിലനിൽക്കുവാനുള്ള ഇത്തില്ലാതൊരു മാർഗമാണല്ലോ അത് അയിനിൽ ജൂത് വന്നാവിന്റെ ജൂതിന്റെ അതിലിനോ കൊടുക്ക കൊടുത്തങ്ങി കിട്ടാന്നല്ലാണ്ട് കൊടുത്തോളൊന്ന് ഉജൂബോ അല്ലെങ്കിൽ വാങ്ങാനുള്ള സഹരിയത്തൊന്നും ആയിരിക്കില്ലാത്തിനില്ല വന്റെ ജൂതിന്റെ അയൽ അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കരണ്ട് വരുമ്പോൾ തന്നെ കരണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് തിരിയുന്നത് എപ്പഴാ തരുല്ല എന്ന് പറയുന്നല്ലോ ഈ തേന് കയണ്ട പിടിച്ചു അങ്ങ് കഴിയില്ല പൈതംഗ തേൽ മാർഗത്തു മാദ്ധങ്ങൾ മുറിഞ്ഞാൽ മുജൂദ് പാറ്റത്താറുമാറായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ആര് പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ താരം ഇതാണ് അത്തമുട്ടെ والوجود مستمدن എന്നു പറഞ്ഞാൽ هو الذات اللهو مستمد من الباطنية مستمد. المعاني الباطنيه باطنيه معانيയിൽ നിന്ന് ആ뉘വലിങ്ങൽ സ്ഥിഗിച്ചിട്ട് നടക്കുന്നത് കാരണം അവൻ മൂണാ മുസ്തമിദ് ഫലവിങ്ങതത് المادهത്തുൽ മാാനി അങ്ങോട്ട് പോയാൽ അൽത്തി തുമദ്ദുൽ ഹിസ്ബ് ലൻ ഹദ മൻ വുജൂദ് എന്ന് പറഞ്ഞാൽ എ Ilmu mahalla wa talaacha alam ഇന്നമ്മദ് അമ്മ എന്ന് പറയുമ്പോ പൊളിഞ്ഞ് വീട്ട് കണ്ടം കണ്ടെ വാക്കി എന്ന് തോന്നണ്ട അതിനാണ് ഇന്നുമഹല്ല എന്ന് പറഞ്ഞത് വലിയൊരു ബില്ലിങ് തകർത്താല് അതിന്റെ അവശിഷ്ടങ്ങളുടെ വാക്കി ഉണ്ടാവോ ആ നാനാക്കല്ല പച്ച മുതുമില്ല ഇതാ ശൈ ആക്കി മാറിപ്പോകുന്നു വെളിപ്പെടുകയാണെങ്കിൽ ഇന്ന് മല്ലത്ത് മുക്കമ്പരാത്തു പോവും മുക്കം വരാത്ത് മുഴുവനും തേജുമാനു പോയി പോകും അതിനു മുമ്പിൽ ഇന്ന് പിടിച്ചു കാണിയില്ല എന്നാ എന്തായം സിക്രി മാവാസി ആകാശങ്ങളെയും ഭൂമികളെയും അത് അതിന്റെ അവസ്ഥയിൽ നിന്ന് തെറ്റിപ്പോകൽ നിർത്ത അന്നാഹു ഹിംസാഗ് ചെയ്യുന്നു ആ ഹിംസാക്കെങ്ങാനും ആ മാർഗത്തില്ലായിരുന്നുവെങ്കിൽ ആ എല്ലാം താറുമാറായിപ്പോയിന ഇവിടെ എന്റെ മഹാനി കുറച്ച് മാന പറയാനുണ്ട് തനീക് വന്നല്ല ഇബാറത്തും ഇബാറത്ത് അവിടെ കുടിസ്ഥോട്ട് വന്ന് കൃഷ്ണൻ അവനാൻ മാഹു എന്ന് പറഞ്ഞില്ലേ എന്താന്ന് അപ്പൊ അതുകൊണ്ടിട്ട് ഷൈഹാനി മത്തഹദ ഇവിടെ ഹിസും മാനി മുത്തഹിദായിട്ടില്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തഹിദ തോന്നിപ്പോ മത്തഹദി ഹിസന്റെ മാന ഇങ്ങനെ തന്നെ ഷൈഹാനി മത്തഹദ വല ആക്കി നിങ്ങനുണ്ട് ഒന്നുണ്ട് ഇവിടെ ഹാ ഹുന ഇവിടെ ഒന്നുണ്ട് ഓരോ സിറുണ്ട് ഇവിടെ പറയാൻ എന്ന് ഈക്കോ നിത നമ്മള് നിത്താക്ക് കുടുത്താകും എന്താ പറഞ്ഞതെല്ലാം തൊട്ട് നിത്താക്ക് പറഞ്ഞത് എന്ന് ഈക്കോ നിറപ്പുഹുറത്തും നമ്മളെ ഇഷാറത്താണെന്നല്ലോ ഫീമാർത്തുഹു കിഫാത്തം ഞാൻ ഈ പറഞ്ഞോടത്തോളം കിഫാറത്തോണും അപ്പുറം അറിയാവുന്ന ഒരു പറഞ്ഞു ഇഷാറത്തം മാത്രല്ല ശരിക്കും ഓളം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അറിഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരാടും കാണില്ല സിറ്റേത വെറും ബാഹേതായ കാര്യം അതുമ നിന്ന് ബാത്തിനായ കാര്യങ്ങളിലെ ഉള്ളിലേക്ക് കടക്കാത്ത മനുഷ്യനെ നമുക്കൊരു ആശേപിക്കുക ഉള്ളിൽ കടന്നില്ല രാമൻ അനൽമു രാമൻ ഏ മനുഷ്യ എങ്ങ അലൽ കിശിരി അതാന്റെ ശില വദ യഹോമ് അലൽ കിഷർ ഇത്തരത പുറത്തെ തോല് ഈ തോലുമൊത്തന്നെ ഇങ്ങനെ തെറ്റിപ്പൊഞ്ഞു നിൽക്കുന്ന മനുഷ്യ ഈ തോരുമായി കെട്ടിത്തിരിയുന്നു തോൽ കളഞ്ഞിട്ട് ഉള്ളിലേക്കല്ലേ കിടക്കേണ്ട കാതലിലേക്ക് കാതലിലേക്ക് കിടക്കാതെ കൊറും പുറന്തോലുമൊത്തന്നെ തെറ്റിത്തിരിഞ്ഞു കിടക്കുന്ന മനുഷ്യ എന്നിട്ടോ ഹത്ത അയിൽ ലുബി ലുബിനെയും വട്ടിട്ട് നീ എത്രത്തോളമാണ് ഇങ്ങനെ കിട്ടുക മത തസ്തുവുമോ നീ എത്ര കാലമാണ് നീ ലുബിനെത്ര നോമ്പോക്കുക എന്നാൽ ലുബ് ഉപയോഗിക്കാതെ കണ്ട് ഒന്നിട്ടില്ലല്ലേ എത്ര കാലമാണ് ഇങ്ങനെ കഴിച്ചുകൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ബ്രോഹി മലങ്ങൾക്കിരിപ്പും അൽ കിശറി ഒരു സാധനത്തിന്റെ പുറന്തോന്നാണല്ലോ ഇഷർ എന്ന് പറയുന്നേ അതിന് വേറൊരു പേരുണ്ട് സിവാൻ എന്നും പറയാറുണ്ട് ദി കസരി സ്വാദി സിവാൻ എന്തുകൊണ്ടാ ലിയന്നു ജസൂനും മാർട്ടി ദാർച്ചനി ഉള്ളിലുള്ള ആ ധാന്യം എന്താണോ അതിന് കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടേയും കൊണ്ടുവരുന്നത് സിവാൻ എന്ന് പറയുന്നുണ്ട് കടലേലും കണ്ടില്ലേ നിലക്കൊല്ലാം അപ്പൊട്ട് തോടിന് എന്താ പറയാ സിവാൻ ഇഷർ എന്നും പറയും ലുബ് എന്ന് പറഞ്ഞാൽ എന്താ ബാത്തിന് അതിന്റെ ഉള്ള് അതിന്റെ കഴമ്പ് എന്നൊക്കെയാണ് ലുബ് അപ്പൊ പൽ ഹിസ് ഇവിടെ ആ കിഷുറോൻ നൂപ്പർ ഉപയോഗിച്ചത് ആ ഹിസ്റ്റിനെ പറ്റിയാണ് വൽമായ ലുബാണ് അപ്പൊ ചോദ്യത്തേക്കെത്തി ഈ ഹിത്തു മാറ്റ് മാത്രം ബന്ധപ്പെട്ട് കാലം കഴിച്ചു ലുബിലാകുന്ന മായയിലേക്ക് കിടക്കാതെ എത്ര കാലം നീ ഗിച്ചിട്ടാണ് വിചാരിക്കുന്നത് നൂപ്പർ ചോദിക്കും എപ്പോഴും റവ്യംബോൻബോ രാമം വകപ്പമായ കിശരിഹിൻ ബാഹിരി ഇവന്റെ ലാഹിറായ കെസിറിനോടൊപ്പം മാത്രം നിലനിന്ന മനുഷ്യ ഏ അഭി ലാഹിറായ കെസിർ കൊണ്ട് എന്തെല്ലാം ഉദ്ദേശിക്കുന്നു രണ്ടു മൂന്ന് ആന ഉദ്ദേശിക്കുന്നു ഒന്ന് ഇവിടെ ലാഹിറുണ്ട് ഉദ്ദേശി ശരീരം ശരീരത്തിന്റെ കാര്യങ്ങൾ അതിന് വേണ്ടപ്പെട്ട ഭക്ഷണങ്ങളും കുന്നലും അക്കിലൻ കുന്നലാലും കുടിക്കലാലും ഭത്രം ധരിക്കലാല് മാങ്ക വിവാഹം ചെയ്യലാല് മസ്ക്കനൻ താമസ സൗവിദ്യം മുതലായ കാര്യങ്ങളുമായിട്ടുണ്ടാക്കുന്ന ശരീരത്തിന്റെ അക്കിങ്ങനെ കൊടുത്തുകൊണ്ട് കാലങ്കരിക്കൽ എന്നാവാം ഒന്നിക്ക് അതിന്റെ അർത്ഥം അപ്പം നീ ബാത്തിനായ റോഹിന് ഒന്നു കൊടുക്കുന്നില്ലല്ലോ ഇനി മറ്റൊരർത്ഥം അഭിരാത്തി അവ ശരീരത്തിന്റെ ഒരു മാനവീയായ കിക്ക് ശരീരത്തിന് മന്ത്രിക്ക് ബാസുയായ ഉത്തരം കിക്കിറുണ്ടല്ലോ തോൽ കണ്ടുണ്ട് ഒന്ന് പുറമേ തന്നെ ഒന്നുള്ളിലാ വേറൊരു തോലി കഴമ്പിലെത്തുന്നതിന് മുമ്പ് അതേതാ അവന് ദുനാവിലേക്ക് വലിയ സ്ഥാനമാനങ്ങൾ വേണം യുദ്ധത്ത് വേണം ഓർക്കുറേ അനുയായികൾ വേണം ഏ ആളെല്ലാം മോനെ കുടി പിടിച്ച് നടക്കുന്ന ആളാവണം അങ്ങനത്തത് അപ്പൊ ശരീരത്തിനല്ലല്ലോ അന്ധം അല്ലെ നെഫ്റ്റിന്റെ ഓരോരും പൂതിയതാണ് അതും ആകാം ഈശ്വര കൊണ്ടുദ്ദേശിക്കുന്നു ഇനി മൂന്ന് ഇല്ലെങ്കിൽ നാഹിറായ ജവാദിഹിനെ നന്നാക്കൽ കൊണ്ട് മാത്രം കരുതി വെച്ച് വലഫതില ഇസ്ലാഹി ബാസി ബാസിനെ ശരിയാക്കലിലേക്ക് നോക്കിയില്ല അപ്പൊ എന്താ ഈ ബെറും ലാഹിറായ ശരീരത്തിന്റെ അക്കം മാത്രം നോക്കി നടക്ക ബാക്കുണ്ട് പാമിണ്ടാണ്ട് ഹട്ടതിന്റെ കിവിരുണ്ടാവും നോക്കുന്നേ ഇല്ല അങ്ങനെയാ പാമൊരർത്ഥം മൂന്നിവിടെ കാണുന്നുണ്ടല്ലോ ഐദ എന്ന് പറഞ്ഞ ഐ താറോമ വയദോർ കെച്ചരി ലാഹിരി ഈ ലാഹരിന്റെ ആകുന്ന പുറന്തോന് മാത്രം രജീറ്റി മൂന്നർത്ഥാ കൊടുത്തത് يلعب تم بيجاله متى تستمر سائماً هذا متى تصومو ينمائنا ورحينا ذلك متى تستمر سائماً الحلاوة المعاني الباطنياتي باطنياة معاني يودا ماذر يماتذيكي نترتيني يكترق على ماانه نوامره ينحن بيهايكي نظيم يدا باطنياة معاني ويحلاوة الشهود الشهود اندى ماذر يماتذيكي കൽിൻ്റെ ഇതിരാക്കിയാണല്ലേ സുഹൂദി എന്ന് പറയും കൽബൻ ശരിക്കുന്ന ബസീരത്തിന് എതിരാക്കാം കൽബിൻ എതിരാക്കുമല്ല മുതിരിക്കും നമ്മുടെ ശരീരത്തിൽ മുതിരിക്കെത്രണ്ട് ഇപ്പം പറഞ്ഞു ഈ തൊട്ടറിവ് കൊണ്ടുള്ള ഇതിറാക്കുണ്ട് മണത്തറിവണുള്ള ഇതിരാക്കുണ്ട് ഈ സാധനത്തിന്റെ ചൂടോ തണുപ്പോ നിനുസമുണ്ടോ പദമുണ്ടോ ഇതാണ് അതിനെതിരാക്കിയപ്പോഴേ അപ്പം ആലമുൽ ഹിക്കിമത്തിൽപ്പെട്ട മഹസൂസായ സാധനത്തിന്റെ ഈ തൊട്ടറിവാണ് ഇതാക്കി ഇവിടെ വരുന്നത് കണ്ണൊണ്ടതിന്റെ എതിരാക്കാണ് കാണപ്പെടുന്നതിന്റെ കളറ് അതിന്റെ ഭംഗി മുതലായ കണ്ടിട്ട് കാണുന്ന മറ്റൊരു മുതിരിക്ക് മാത്രം ആസ്വദിക്കലാണ് ഈ മൂക്കോളുള്ള ഇതിരാക്ക് ഭക്ഷണത്തിന്റെ സാധനം രുചി അതിന്റെ മാതൃത്യത്തെ ആസ്വദിക്കലാണ് ഇത് ആവിന്റെ എതിരാക് അപ്പൊ ആ ഇതിരാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ രാലാപത്താണ് ഞാനാപത് ഒന്നും ഉണ്ടാവുമല്ലോ ഇതുപോലെ കമ്പുകൊണ്ടുള്ള ഇദറാക്കാണ് ഏതുണ്ടായാലേ മക്കൂലാത്തിന്റെ സാധനങ്ങളിൽ നിന്ന് അതിന്റെ കാര്യം പിടിച്ചെടുക്കരുത് അതിന്റെയും അപ്പുറം ബസ് ഇളത്താകുന്ന മുതിരിക്കാണേ ഇതിറാക്കി എന്നത് സുഹോദിന്റെ ഇദറാക്ക് അപ്പോ അന്നേരണ്ടൊരു ആധുര്യം ഇപ്പൊ എന്താ പറഞ്ഞുകൊടുക്കാന്ന് പറയുന്നത് ഇദറാക്കിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുക അത് ആദ്യമായിട്ട് പറയാ ഒരാള് ഇങ്ങനെ ഇവിടെ തൊട്ടാറിന് ഉണ്ടാവും എന്തോ ഒരു നേരം ഒരു തറവ് ഒരു കിളി ഉണ്ടാവും അന്നേരം എന്താ ഉണ്ടാവുന്നു അപ്പോൾ ആരംഭം ഹിസ്റ്റിൽ ഇവിടെ എന്താണോ അനുഭവിക്കുന്നത് അതുപോലത്തെ എന്തോ ഒന്ന് ഈ സുഹൃദിന്റെ ആലത്തിൽ ആ ബസ് സംഭവിക്കുന്നുണ്ടോ എന്തോ ഒരു നേരം തറവ് അത് നല്ല വസിനപ്പിച്ചൊരു പാട്ട് മുട്ടലിനില്ലെങ്കിൽ എടുക്കുമ്പോ കാതന് കേൾക്കുമ്പോ എന്തോ ഒരു നേരം തുറവും ഒരു കൊച്ചിയും വരുന്നതാണ് അതെന്താണോ അത് പോലെത്തോ മറ്റെന്തോന്നുണ്ടാകും സുഹൃദിന്റെ അത് അതിപ്പം നാഹിണിതാക്കി ഇതാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെ പാട്ട് കേട്ടപ്പോ എന്താ ഉണ്ടായിന് എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ആര്യത്തിനോട് ചോദിക്കുന്ന സുഹൂർ ഉണ്ടായപ്പോൾ എന്തനുഭവം ഉണ്ടായിന്ന് ചോദിച്ചാൽ ആര്യക്കിന് ഇബാറത്തില്ല അതൊക്കെ പറഞ്ഞില്ലേ ഇവിടെ നിണ്ട് ബഹുന മഹാനി തതിക്കുന്നുള്ള ഇബാറത്തുമായിട്ട് പറഞ്ഞു വെച്ചിട്ടാണ് ഇബാറത്ത് വിട്ടു ഇന്നലെ രാത്രി കൂട്ടി എന്താണ് അതിനെ തോന്നുന്നത് അന്ന് പറഞ്ഞപ്പോഴും കള്ളത്തിലേക്കോദിനെ പറ്റി അമ്മ അങ്ങനെ കഴിയ ഒന്നും പറഞ്ഞിട്ടില്ല വേർത്ത് കുടുങ്ങി ഇതിന്റെ ചുവരത്തുണ്ടാവില്ല തറവ് ആ തറവിന് വന്നാ പിന്നെ റൂഹല്ല കൊടുത്തിട്ടെങ്കിൽ അങ്ങോട്ട് വന്നു പിന്നെ റോഹിന് വരണ്ടാവൂലിയോഹ അവൻ ണ്ട് ആ ഹീബിന് കൂടെ അൻവാറുണ്ട് ഇങ്ങനെ പ്രകാശിക്കുന്നു അൻവാറിങ്ങനെ ഇതാ ചെയ്തപ്പോൾ ആ ഹബീബിന് ആദ്യം കൊടുക്കേണ്ട പൈസ എന്തായിരിക്കണം ഊഹായിരിക്കണം ബാക്കി അത പൈസ കൊടുക്കാൻ പറുഹാൻ കൊടുക്കുന്ന പൈസ അപ്പൊ രൂഹൻ കൊടുത്താലും പിന്നെ ഒന്നും കിട്ടുവോ അതല്ലേ വടങ്ങ في كل طرفة عين لا تساديهين ومن دراه غدا بالروح يسريه عاقه بسالة بيه يوم روحه بغيره انقوله لك لا يوميك اليوم واردي فمن دراه غدا بالروح يسريه فالتره ان لا فلو تؤمن عراها فجاد بها في كل طرفة عين لا يتاديهين ഓരോ തുറുപ്പത്തിലായാലും ഒരു റോഹിൻ പോകുമ്പോൾ വേറെ റോഹിൻ അത് പോകുമ്പോൾ മറ്റൊരു റോഹി അത് പോകും വേറെ റോഹിങ്ങിനെ വരുന്നു ലിങ്ങിനെ കൊടുത്തിട്ട് മറ്റു ദിങ്ങി വാങ്ങു തന്നെ വാങ്ങു തന്നെ എന്നാലും ആയി സാവി ഒന്നിനും അതിനോട് നില്യമാവുന്നില്ല എന്നാണ് മലിക്കിൽ മാഹബൂദ് അള്ളാഹുവിന്റെ മരിഫത്തിന്റെ ലബ്ബത്ത് അപ്പൊ ഈ തോട് മാത്രം നോക്കിന്ന അപ്പൊ തോട്ടിന്റെ ഉള്ളിലൊരു മധുരമുള്ളൊരു സാധനമുണ്ട് അപ്പൊ അക്രോട്ട് അടിയിൽ വിചാരിച്ചപ്പക്രോട്ടിനെ പോത്തമാക്കിയിട്ട് ഇതിന്റെ ഒരു സുഗാണ്ടാവില്ലല്ലോ അത് കുത്തി പൊളിച്ചിട്ടെങ്ങനെ ഓടാക്കി എടുത്തിട്ടല്ലേ കുന്നു അന്നേരല്ലേ എന്റെ സുവാദം കിട്ടുന്നുള്ളൂ ഈ അഞ്ച് ഈ തോടോണ് കിട്ടുന്ന ഇപ്പൊ കാര്യം കിട്ടുന്നു ഈ സാധാരണ രണ്ടിയെടുത്ത് ഭഗവാൻ അപ്പൊ ഇക്കാ ഇച്ചാൽ ആദ്യം തോറും തപ്പിച്ചിട്ട് എത്ര കാലാകെ എന്ന് മാനേയാകുന്ന കാലല്ലേ കിടക്കാണ്ട് നമുക്ക് പ്രചോദിച്ചു വലം തതുക്കും തിജാൽ എന്നിന്റെ ബാക്കി താറഹൂമയതൂമ ഹൗദൽ കെസിരി നാഗിരി ലാങ്ങിറായ കിശറിനോട് മാത്രം ചുറ്റിക്കടന്നു വലം തതുക്കും മിന്ന മാതാക്കത്തിൽ തിജാൽ തിജാലുകൾ മഹാൻമാർ ആസ്വദിച്ചൊന്നും ആസ്വദിക്കാതെ കണ്ടും കഴിഞ്ഞുകൊടുവാൻ വലം തുസാഹി മുഹമ്മല മറാത്തിൽ കമാൽ കമാലിന്റെ മറത്തമേലി അവർ നിൽക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ഇവരും ഇറക്കി കയറിയ കയറാത്ത മനുഷ്യൻ ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞു അല്ല മാനസിക തങ്ങളെ കൌരാണെന്നോ അഭിപ്രായമുണ്ട് ാസും വടം ചെയ്ത കോശ് ആ ജനങ്ങൾ ബുഞ്ഞാവിൽ എല്ലാവരും പോയി ഒന്നും ആസ്വദിക്കാതെയാ പോയത് എന്ന് എന്താസ്വദിച്ചില്ലാന്ന് ഭൂട്ടാന്റെ സ്വാറ ആസ്വദിച്ചില്ല എന്നോ ബിരിയാണി വഹിച്ചില്ല എന്നോ ഇല്ല നെയ്ശൂർ വഹിച്ചില്ലാന്ന് അണ്ട ആസ്വദിച്ചില്ലാന്ന് ആലു കേട്ടവറ് എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ ആസ്വദിച്ചില്ലാന്ന് പറഞ്ഞില്ലേ സ്വദിക്കാതെ പോയി എന്നാ പറഞ്ഞതിന് അർത്ഥം അപ്പൊ നാഹിറായ ഫോർമാലിച്ചിട്ടായ കുറെ അവരെയും ഫോർമാലിറ്റിയും ഇനുമുള്ള മാത്രം കിടന്നിരിക്കുന്നേ أعلم أنه لا يسمع أن يضعوا حلاوة المعاني الباطنيا باطنيا يمعاني المعضيزم آخر إكالهم قد يسلت كيف أن يأتي وكل من استغربي حلاوة الرسوم الرسوم إذا نبرمي الله راهي راهي برئي جعله وإذا كان حلاوة السؤولة جاء لا يضعوا حلاوة شهود الحج القيوم وإي الله وإن شهود المعضيزم وإن أصدقاء الحديث وإلاه വക്കുല്ലു മരിച്ചവനവി ഹനാമത്തിൽ ഇമാരത്തിൽ ഹിസ് ഹിസിയായ ഇമാരത്തിന്റെ ഹനാമത്ത് കൊണ്ട് മാറ്റവൻ ഏഴം കൂട്ടി മുറു ചെല്ലലും പാടുന്ന ചെയ്യേണ്ട കാര്യം ബാസിന്യായ ഇമാതത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും നടക്കുന്നില്ല അമ്പത്ത് ഒന്ന് കൊണ്ട് ബാസിന്യായ ഇമാരത്തിന്റെ കുറെ ഐറ്റങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഒന്നും ചേർന്ന ഇല്ല കുറെ കിട്ടാൻ കിട്ടിയിട്ട് ഇങ്ങനെ വരും അത് ചെല്ലി അവിടെ കൂട്ടി വെച്ച് മറ്റേയും ചെല്ലും മറ്റേയും ചെല്ലും ഒറ്റയും ചെല്ലി ചെല്ലി ചെല്ലി വൈകിട്ട് ചാക്കി കെട്ടി കലിയും വെച്ചിട്ട് വെയിരങ്ങൾ മടങ്ങി ചെല്ലലേ പാടലും പാടലും ഇനി നല്ലൊരു മാധ്യമ എല്ലാത്തിനും കുറിസിയാണ് ഇവാഹരമാണ് മാത്രം എന്നാൽ ആ എന്തൊക്കെ അലാപത്തൽ മാ എന്ത് കുളിസിയാണ് കുളിശിയായ മാനയുടെ അലാപത്തിന് ആസ്വദിക്കുന്നേ ഉണ്ടാവില്ല ഇനിയോത്തന്നെ ഇനിയോനുണ്ടാവുള്ളൂ ورنائد الروت الشتري رمي الله وان مرنيت يقول جميع الوالي من رؤيت عني وضع قلبي قبضت فليبر يوجي متم ി എന്നുള്ളൂ ഞാനതിനെ തൊട്ട് പച്ചറായി അപ്പൊ കായിട്ട പറ്ററായി വായാൻ അവനാജ് മുഖം വിനപ്പാവി അവശേഷിക്കുന്നുണ്ടാവുന്നു കല്ലി എന്റെ കല്ലിനുള്ള മൗത് അതിന്റെ പ്രകാശം കവിത പാട്ട എല്ലാത്തിനും മറികടന്നി കവി ിൻ എല്ലാത്തും അയ്യൻ എന്ന് പറഞ്ഞാൽ എന്താക്കും മക്കാനാ ഉദ്ദേശിച്ചു മക്കാനാവുള്ള എല്ലാത്തിനൊപ്പം ഹായ് ബാലി എന്നെ കാണാം അതിനെക്കൊന്നും എന്തു ഓർമ്മയില്ല കഴു പുൽ മാനി പുൽമദാത്തി മാനിയാകുന്ന പനിയുണ്ടല്ലോ അതിന് അക്ഷര മാധുര്യമുള്ളതാണെന്നറിയോ വല്ലാത്ത മദാത്തി മാധുര്യമുള്ള സാധനം തന്നെ ടങ്ങുന്നുണ്ട് ആ പാട്ട് പറയാത്തോണ്ടാ ഈ മഹാനല്ലേ മുമ്പ് പറഞ്ഞു ആ മാനി എന്നാലും ആയി അത് ഒരു ദിവസത്തിൽ ഇങ്ങനെ അല ഹാത്തിൽ മെഡിഷൻ്റെ കാത്തിലിലെത്തി നേരം ഈ മാനിയാകുന്ന ഖപ്പറത്ത് െ പ്രകാശിക്കാമതി അക്മത്തിന്റെ അപ്രായ അപ്രായവും ഇവിടെ നിലവെക്കേണ്ടി വരും അപ്രായന്റെ ഉത്സവം തന്നെയും ഇനി ആഘോഷം കൊണ്ടാടാന് ഇത് വ്യക്തി സന്തോഷം ചൂണ്ടിക്കാണിക്കും വർഷം ഹമ്മു ഹമ്മല്ലാം നമ്മളെ പുട്ട് ദൂരീകരിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ഹമ്മോ അടവാക്കിയില്ല അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ വൻ ഹാസിലോ അന്ന മരിച്ചവണതിനു ശക്തി കൊണ്ട് മാത്രം ചുഹലായി അലാമത്തൻ അനാമത അനാപത്തെ ചുഹതി ഉണ്ട് അതുകൊണ്ടല്ല അനാപത്തെ ചുഹൂതിന്മാനാണ് മാത്രം പറഞ്ഞു ل علىات سعوديه قام ابو مرافيني عارف الابو كله الحروج عادله ان كل من صغلا ما انا عنده شروط علاقه او نكته مع صديق مو لا انا ابو ما هي دعيه باضت وونم اللي تكون وسيله يتن. സുഹൂദിലേക്കുള്ള സുഹൃദിനേക്കുള്ള ഒക്കെ കഴിച്ചു പോകണം ഇല്ലാണ്ട് ഇരുതും കൊണ്ടങ്ങനെ നേരം വെച്ചാൽ ഇല്ലേ ഇപ്പൊ നോമ്പോക്കാന്ന് പറഞ്ഞു നാളെ ഭാഗത്താണെന്നും ഇതിനെ പറഞ്ഞു തക്കമില്ലാത്ത മോഡിക്കില്ല തക്കില്ലാത്ത നോമ്പോണ്ടേ പറ്റില്ല ചെറിയ പെട്ടതിന് മോഡിച്ച് ബിൽക്കില്ല സുപ്പം കൊണ്ടു നായ രാധ ഹറത്ത് മാസിനാതഹഹാരത്ത് എല്ലാം നമ്മുടെ മഹിമാനുണ്ടാവും രണ്ടുപേർ ചെയ്യുന്ന ഇങ്ങനെ അഴിഞ്ഞിട്ട് പഠിക്കണ്ടല്ല അഞ്ഞി ചുഹരൻ ഹെറ്റി വലായത്തുമാരിവെക്കണ്ട അഞ്ഞന്തക്കിരമി ചുഹരൻ ഹിത്തി ഹിത്തിന്റെ തൊഴിൽ നിന്ന് ഒന്ന് നീങ്ങാൻ എവിടത്തേക്കില്ല ചുഹോദൻമാനാന്റെ ചുഹോ നീങ്ങിട്ടേ അത് ക്രിസ്താനന്റെ മാർഗമുള്ളൂ ഇല്ലാണ്ട് സ്വഹുംബത്തി അനിൽ മായനാ മായനാൻഡ് അനുകാരോട് സ്വഹംബത്ത് കെട്ടാനല്ലാതെ യാതൊരു മാർഗവും ഇല്ല സ്വന്തം ഇംഗ്ലീഷ് വിചാരിക്കുക വേണ്ട മായനാൻഡ് അങ്ങനെ കഴിക്കുമ്പോൾ അവരോട് സ്വഹമ്പത്ത് കെട്ടിയാലല്ലാതെ ഇല്ല അങ്ങനെ സ്വഹമ്പത്തില്ലാത്ത പക്ഷം ഭാഗ്യ മതോപം വിഭാഗത്തിൽ ഹിന്ദി അലന്തവാ ശക്തി ആയി ഭാഗത്തിൽ എപ്പോഴും തടിങ്ങൾ ചൂണിച്ച് പോകാൻ എല്ലാന്ന് പോറോ ഇത് കഴിയും പോകുക അപ്പൊ ഈ അതിലോന്നല്ല പേരുണ്ടാവും ചെല്ലും പാടുണ്ട് എന്ത് കിട്ടണം വാ എപ്പോഴെന്താക്കും അനുമാലിംഗാറാക്കും കാരണം ഇവയ്ക്ക് അതോ കൃഷി ഒന്നും കിട്ടുന്നില്ല കിട്ടാണ്ടക്കും അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ടതല്ലേന്നെ ഇവന്റെ വാദം കാരണം ഇവന് ഈ ചെയ്ത പണിയല്ലോ ഇത് കിട്ടാനുള്ള അവകാശമായുള്ള സർട്ടിഫിക്കറ്റാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പൊ മറ്റവർക്ക് എന്തല്ലോ വ്യക്തി എന്ന് പറയുമ്പോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇരിക്കലേ കിട്ടേണ്ടത് ഞാൻ എത്ര കാലം ഇങ്ങനെ എനിക്കിടുന്നു അപ്പൊ ഇന്തോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ ഇല്ലാമൻ അസമ ഒന്നാമത്താല കാത്ത വ്യക്തിയുള്ള ഒന്നാകാലം വൈരാലാതൻ മായന ഈ മായനയിലേക്കാണ് ഈ ദവാമി ോട് തുറമ്പത്ത് കെട്ടാത്ത വ്യക്തികളുടെ വക്കൽ നിന്നെപ്പോഴും ഇങ്കാറുണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതിലേക്കാണ് ആശാർ അബി കൗലിഹി മൂപ്പർ അടുത്ത പദ്ധ്യത്തിൽ സൂചിപ്പിച്ചത് എന്ത്യെ ഇരാ തീനു അവനോട് പറയപ്പെട്ട് താനാ വാ ഇങ്ങോട്ട് വാ ുന്നു എവിടത്തേക്ക് താസീഖിന്റെ വാർഗത്തിലേക്ക് വാ ഏതാ ഇവിടെ താഹീഖാ ഉദ്ദേശം താഹീഖിന് പണ്ട് മൂന്ന് വേന പറഞ്ഞിട്ടുണ്ട് എന്തല്ലാന്ന് പറഞ്ഞ ഒരു മസല പറഞ്ഞുക ആ മസലക്ക് അതിന് ആഴത്താ അറിയിച്ച ഡൽ എന്താണോ ഡൽ സ്ഥാപിക്കില്ലെന്ന് പറയും തഹസീഖ് എന്ന് പറയാറുണ്ട് അതാണ് പൊക്കാക്കന്മാർക്ക് താഹീഖ് എന്ന് പറഞ്ഞാൽ അയാൾ വലിയ തഹസീക്കുണ്ടാളെന്ന് പറഞ്ഞാൽ ഒരു മസല പറഞ്ഞാൽ അതിന് രേഖയടക്കം പറഞ്ഞിരുന്നു ആയത്തിലുണ്ടോ അതീസിനുണ്ടോ ഇന്ന് കിതാബിലുണ്ടോ എന്ന് വെറും പറഞ്ഞതല്ല പിന്നെ തസ്തീഖിന്റെ മുഖാബിനും താസിക്കു പറയാറുണ്ട് എന്ന് വെച്ചാൽ ഒരു ഖബർ ഞാൻ ഉണ്ടാക്കിയത് തന്നെ വിശ്വസിച്ചു അത് അതുപോലെ തന്നെ അനുഭവത്തെ പുലർത്താൻ വേണ്ടിട്ട് അന്വേഷണം കണ്ടെത്തുക ആ അവൻ പറഞ്ഞ എത്ര വാർത്തമാണ് ശരിയായിട്ടുണ്ട് എന്ന് തസ്റ്റി കാത്തു അതെ ഖബറിന് തസ്റ്റിക്കാത്ത മറ്റൊന്നോ ഈ നാടക തന്നെ കണ്ട വാഹനയില് അക്ഷരാർത്ഥത്തിൽ ഉള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ അഫീക്കത്തിന്റെ മുഖാമിലേക്ക് എത്തല് അതും തെക്കൈക്ക അതോ തോക്കിന്റെ തെഹിക്കും മൂന്ന് മൂന്ന് ഭണ്ണുകാർക്ക് പോയി ചെറ്റുകാർക്ക് അതും പോയി അഫീതക്കാർക്ക് അസീതും പോയി തൂപ്പുകാർക്ക് ഇരുമ്പോ അപ്പൊ ഈ തെക്കൈക്ക ഇഹ്ബാറുള്ള തസീദിന്റെ മുക്കാമിലൂടെ എല്ലാം സാക്ഷാത്കാരം ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന ആ തെഹസീക്കും തിന്നാനും കുടിക്കാനും തോടാനും എല്ലാം ഇവിടെ വന്നത് ഇതിന് ഇതെല്ലാം വസായിലുകൾ മാത്രമാണ് അടക്കപ്പെട്ടതിന് ലക്ഷ്യം മറ്റൊന്നുണ്ട് ഭൂമിയുടെ ഖലീഫിയകല ആ തഹക്കേക്ക് ആ തഹക്കേറ്റിന്റെ പാതന്റെ ഇവിടെ എല്ലാ കാലത്തും ഉണ്ട് മുന്നൂറ് ചേർക്കടക്കപ്പെട്ടു ആഗേറ്റെടുത്തു നാട്ടത് ആ തഹക്കേക്കിലേക്ക് ബാ എന്ന് വിളിച്ചാൽ കാളികം പറഞ്ഞില്ലാലാ ഞാൻ വരുന്നില്ല ഞാൻ അർപ്പിക്കില്ല إنّ بارين منشان ومبر بارين قلتا، قلتو، تعالى، إذو عمرين، عاقبير إنّا بِنّا وعنى التسلمة إذا امران تعالى تعالى، من تعالى. مِنّاد التحتيك، تريكيونا مانه التحتيك لا باطن من الله، مِنّاد من المانه يوم بيانن، قبيضا، تريك الوصول إلى معلومة الحقّة، ഹാനിപ്പത്തിലേക്ക് ചേരുവാനുള്ള ഏത് മാധ്യമത്തെ ഉദ്ദേശിക്കുന്നു ബുർഹാനിയതുകൊണ്ട് കക്കരീതിന്റെ ബുറഹാനിയുടെ ഹസീഖിയുണ്ട് സ്ഥലം കക്കരീരിയല്ല ഇവിടെ ഉദ്ദേശം അതുകൂടെ കൂട്ടുന്നേ ഇല്ല ബുർഹാനിയല്ല അതായിരിക്കും മതി ഇസുദിലാൽ നഹനുകാർക്കത് മതി ഇവിടെ ബസീനത്തിൻ്റെ يا رين يم حقيقي يم عارفتا उद्देशिकु ಅದੋਂडान मारीफतन हदीथी यतन रियारियतन अदा उद्देशम ला बुरहानियतन बुरहानियता मारीफतला उ उद्देशिकु अदही सी मार्गम ಬಂದాలే ಅದิน್ದොරന്ന ಅದൊരു পতাকাน ಮಾರ್கம் ಮಡಿ ಯಕೋಲು ರಮ್ಮ ಯಲ್ಲಾ ಅಲ್ದಿ ಆಬಲ್ ಮುಂಕಿರಿ ಲತಯಕಲ್ ಕತೋ ുടെ തരീഖിനെ എങ്കാറാക്കുന്ന വ്യക്തിയോടാണ് ഉത്ര പറയുന്നത് എന്ത് പറയുന്നു മാർഗത്തിലേക്ക് നീന്ന് കടന്നുവാ എന്നവനോട് പറയുന്നു ഏതാണ് ആ തരീക്ക് തരീഖ് അഹിൽ അള്ളാഹുവിന്റെ സൗഫീത്തിന്റെയും അവന്റെ ഇനായത്തിന്റെയും അരുകാരുടെ തരീഖാണിത് അതിലേക്ക് വാ ശരീരത്തിനെ പാലിക്കലിലേക്കും ഹീക്കത്തിനെ പാലിക്കലും അതാ താശീതത്തിന്റെ അക്കാമ പാലിക്കണം ശരീരത്തിന്റെ അക്കാമം പാലിക്കണം രണ്ടും കൂടെ ജമ്മാണല്ലോ അതാ താശ്ശരീരേതേക്കും അഹരുകാരുടെ അതിന് രണ്ടിന്റെ അടിയിലെണ്ണി ചൂടുന്നു വെറും തച്ചിനി ആയാലും എന്താകും വെറും ബാഹിലിയായിട്ട് പോവും വെറും ഹബീജിയായി പോയാൽ ചിലപ്പം മുഖം മഹേരി ആയിട്ട് ഹിക്കുമത്ത് കുറിഞ്ഞു പോവും ശരീരത്ത് കുറിഞ്ഞു പോകുന്നുണ്ടോ രണ്ടും കുടിമിച്ചു കൂടണം ആ വിവാദത്തിന്റെ അബരായി അഹുൽ ബക്കാദായി മറ്റേത് അഹുലുൽ പനാഗാണ് വെറും ദഹമീഗായാലും غدن الصرات المستقيم الزرد النتاصнеين لضواء السهادات نحن لداء عذر الم paw Tyr المرين مجزو أن يسеко نحن لاخ فعذا الم BRHR المجزا بحر المرين هن�� العذر الصراع المستقيم صوار جبيلا 10 يSe Parent الصفقة بيمه ًariعة والحقيقات مستقيمguntة رتنا الدائة الصsst Señalanda كنت في حل وطيتنا فقد مس Kalم يسأل <S -cado> ും പാസിലായി രണ്ടടിയിൽ വേദന നേരം നിന്നലെന്താ മുത്തീമായ പാവിയിലായില്ല ബലത്ത് വിചാരി അത്തന്നും കടലുള്ളവർ എടുത്ത് ആ തേക്കത്തന്നും കടലുള്ളവർ എന്ന് പറയുമ്പോൾ മുത്തക്കീമായ ഭാവിയിൽ തന്നെ ഇല്ലേ പറഞ്ഞില്ല ബലത്ത് വിചാരി തന്നും കടലുള്ളവ എടുത്ത് അങ്ങോട്ട് ഞാനതിൽ ഇങ്ങോട്ട് ഞാൻ രണ്ടും കൂടി ജമ്മാക്കിയിട്ട് ഇങ്ങനെ വേറെ ചെറിയ പോക്കം രണ്ടിലേക്ക് ഉണ്ടായി തൂക്കം നടക്കും അതാണ് ഇത് ഉസ്ത്രത്തിൽ മുത്തക്കിയും മുത്തക്കിയുമായ വാത എന്ന് പറഞ്ഞ അർത്ഥം അതേടുന്ന കെട്ടി വാൽ മപ്പുഹോം മപ്പുഹൂമത്തൂന്ന് ആ മപ്പുഹൂമൂന്നാ ആ താഴ് ആ മപ്പഹോമത്ത് എന്തിനാ ഇതുള്ളത് ആ താഴെങ്കിൽ അതെന്തിനാ മ്മിൽ ആയത് അണമെന്ന് തോന്നില്ല അല്ലെ നീൻ കോട്ടാരനാമു വയ്യാക്കുകൊണ്ടാണ് ലഹരി ആ പറഞ്ഞത് ഇയാക്കൻ ആഗുറു എന്തുണ്ട് ഇയാക്കനാഗുദു ഏതാന്ന് ഫർക്കം ശരിയത്തം വയ്യാക്കൻ എസ്റ്റായി എന്നുള്ളതോ ജമ്പുമാണ് ഹീകത്വം ഈ ആക്കനാഗുരു നിൽക്കി നാം ആരാധിക്കുന്നു അപ്പോ ഒരു നീ ഒരു നമ്മൾ നമ്മൾ ഈ മകത്ത് മൂന്നൊണ്ടുണ്ടാവേതാ മാഗോദാണ് അല്ലെ നൂലേതാ ആബിധീകളായ നമ്മളാണ് അപഥയോ ഇമാദത്തിലേക്കിന്റെ മാദ്യവും അപ്പോ ആബിദന്റെ മാഗോദണ്ട് ഇമാതത്തോണ്ട് മൂന്ന് കൊണ്ടാകുമ്പോ പുറത്തായി പക്ഷേ ഈ പറയപ്പെട്ടല്ല നടക്കണേ മാഗോദായ നിന്റെ പൊക്കിന് കിട്ടിയാലേ ഉള്ളൂ എന്നതാണ് ആറ്റേക്കെത്തി വൈകാതെ ഇപ്പൊടാം അപ്പോൾ ഒരു ചെറിയത്ര മുന്നിട്ട് അതികത പിന്നിച്ചു അലം يا بيا كن اعوذ برقان اياكن است عين جموع اياكن امرت اتني аны اياكم و اياكن است عين وطഹതيكو فلم ماذا هذا المنكر مصنف رب العالمين انه ഈ മുണ്ടനെ വിളിച്ചപ്പോൾ ഇലാ മിന്നാജി തഹതിക് അതൊക്കെ പറയുന്നു ാലി പറണ്ടല്ലോ ചെറുതെ ഇര കീരഹു താലി മിന്നജിത്ത് ആക്രീക്കുന്ന ആളെ കുറിച്ച് ചെറുതേ വന്നുള്ളൂ ജവാബറണ്ടില്ല കാലലാലാ എന്നറണം അപ്പൊ ചെറുത്തോട് കൂടെ മറക്കിയതാ പല ആ ഹാതൽ മുൻകിറ ഇല്ല മിന്നാജിത്ത് ആക്രമിക്കുന്ന പറഞ്ഞപ്പോൾ അജാബ മറ്റവന് ഉത്തരം കൊടുക്കുന്നത് നിങ്ങൾ ഈ വിളിക്കുന്ന തരീക്കിന്റെ ആളല്ല ഞാനും لأنها سريق لبطال أضع بطالين وضريقا لا يسرقها إلا فهول الرجال لجعل للنبلية كأنه من مار الله رب ليك سلوك ديان تاريكولا لذلك فقال مستمدنا لا إنكاره إنكار الله ما يلنرن الله لبريدون لها نسأل لها لا نزل لها أجيبك إلى ما دعوتني نقول لها نبل شيء لك أنه سنجيان ديار الله نظر نصر ഇതിലാത്തരീക്ക് അപകട മിം ഞാനിപ്പോൾ ഏർപ്പെട്ട ഒന്നിനേക്കാൾ അപകടായ മറ്റൊന്നുമില്ല ആദ്യം പറഞ്ഞത് അതിലേക്ക് വിലവിക്കി കിടക്കാൻ കഴിയും നമുക്ക് കൊണ്ടൊക്കെ കയറാൻ എല്ലാ അപകടങ്ങളും ഇതില്ല അല്ലേ കാര്യം വരാൻ കഴിയില്ല എന്നല്ല പറയുന്നത് നിങ്ങളി എന്നല്ല പറയുന്നത് സുമരകളെ നെജിക്കത്തൊന്നും പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് പ്രായകല്ല എന്നാൽ ഇപ്പം പറയുന്നത് ജനകീയ അതുകൊണ്ട് നോക്കി ജീവിക്കാൻ ഇപ്പം ഇനേജാവസ്ഥ ഔട്ട് ഓഫ് പേഷനാന്നല്ലേ പറയുന്നു കോളേജ് കളഞ്ഞ് ഇനേക എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു സിലബസിന്ന് അത് നോക്കി എന്നാ ഇപ്പൊ ജീവിക്കാൻ കഴിയൂല സങ്കടനെ പൊളിയെന്നു പോലും കുറച്ചു കാലത്ത് ചിന്തിച്ചു പോയാൽ സങ്കടനെ അതിലാണ് ചോർന്നങ്ങ് പോകുന്നുണ്ട് പോലെ അപ്പോടെ ഉള്ളംകാലിലണല് ചോരുമ്പോഴിക്കാ മണല് വരുന്നു ചോദ്യം പുറത്തേക്കാണ് അപ്പൊ അത്ര അത് ഈ കാലത്ത് നടത്തുന്ന കാര്യം എല്ലാം കൊണ്ടും അറിയുമ്പോ അപ്പൊ ഇപ്പൊ അത് കഴിച്ചാൽ പിന്നെന്തണ്ട് നമ്മളുള്ളതാണ് ഏറ്റവും അപ്പം നിലയിൽ അവിടെ ഇങ്കാറും വന്നത് ഇങ്ക എന്താ അവങ്കും പറഞ്ഞു എന്ത് ചോർ എന്ത് എന്ത് മുനാക്ക പറഞ്ഞു അവർ അത് പണ്ട് കഴിഞ്ഞുപോയ അതൊന്നും ഇപ്പൊ നടക്കൂലന്നല്ലേ ഞാനിപ്പോ ഓർക്കപ്പെട്ട ഇതെന്നെ അസുന്ദരി കാലത്തായ കൊല്ലുമ്പം വിമാനതയും പരിഭവനുള്ളവറിന്റെ ഓരോ പാർട്ടിക്കാടും അവർ അവർക്ക് ഉള്ളത് കൊണ്ട് അവർ സന്തോഷവന്മാരാണെന്ന് പറഞ്ഞ ശരിയെന്ന് ശരി സമമു ഇൻകാരിഹി ഹാദിഹി തരീക്ക ഈ തരീക്കിനെ അവരികാറാക്കാനുള്ള കാരണം എന്താണ് ഇത് വല്ല കോട്ടമുണ്ടായതുകൊണ്ടാണോ ീ തീക്കിന്റെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ഈ തരീക്കാണല്ലോ ഇതിനെ ഇങ്കാറാക്കാനുള്ള കാരണം എന്താന്ന് അമ്രാലി രണ്ടെണ്ണുണ്ട് ഒന്ന് നഫ്സിനെ കൊല്ലണം നഫ്സ് ശീലിച്ച അവാുധികളൊക്കെ മാറ്റിമറിക്കണം ഈ ഇത് ഒന്നാമത്തെ ചെറുത്താണ് അയിന് ഇവർ ആരും തയ്യാറുണ്ടാവൂല ഉം ഇന്ന ചികിത്സക്കെന്താളെ കിട്ടാത്ത അത് ബാർബാട് പത്യം പാലിക്കേണ്ടി വരും അതുകൊണ്ട് പത്യം പാലിക്കേണ്ട ആള് ആ വൈദ്യിനെ കാണാൻ പോകുന്നില്ല ആ മരുന്നും കുടിക്കാനും പോകുന്നില്ല എന്ന് ഒന്നാമത്തെ കാരണം ഇപ്പൊ കച്ച കുടിക്കാനും പോകുന്നില്ലല്ല പത്യം പാലിക്കേണ്ടി വരും അല്ല ബുദ്ധിമുട്ട് കത്തുല്ലപ്പുറത്തിന്റെ മേളം കറുക്കുന്ന ഭാഗത്തിന്റെ മേളം അഭിനീയമാണ് അതിന് ആളുകളെ തയ്യാറുണ്ടാവില്ല മഹാതെല്ലാം ഈ പറഞ്ഞതോ കത്തുരുന്നപ്പോത്തോ കറക്കുലായ നസ്തു ശീലിച്ചു പോയ ഓരോ ൾ അതിനൊക്കെ താറുമാറാക്കിയിട്ട് ഒരു കൃത്യമായ വീട്ടിൽ പോയി നീക്കേണ്ടി വരും അതോ നഫ്സിന്റെ ഭയങ്കര തക്കീഡാണ് നഫ്സിന് താങ്ങൂല ലാ യസ് അത് സ്വീകരിക്കൂല ഇല്ലാമൻ അള്ളാഹു താരെങ്കിലും വസൂരാക്കാൻ ഉദ്ദേശിച്ച വ്യക്തികൾക്കല്ലാണ്ട് അത് സ്വീകരിക്കൂലു എനി ഈ സലീഫിന്റെ അഹലുകാരാണെങ്കിലോ ഹയാത്തുള്ള നെഫ്സ് നഫ്സ് മരിക്കാത്ത ഹയാത്തുള്ള നഫ്സിന്റെ അഹലുകാർക്കോ ഇത് ഭയങ്കര പാടാണ് ഓറെ കാണാൻ തന്നെ ഓർക്ക് അലർജിയാണ് ഓരോ എതിർത്താൻ നഫ്സ് നഫ്സിന്റെ ഇത് വെണ്ടുന്നെല്ലാം കൊടുത്തിട്ട് അതിന്റെ അഹപാത്ത ഇങ്ങനെ ഹയാത്തായിട്ടുണ്ടാവുപ്പ ഹയാത്തായ ആളുകൾക്ക് ഈ നെഫ്സ് മരിച്ച ആളെ കാണുമ്പോൾ ഓറെ കാണുമ്പോൾ അല്ലാത്ത അലർജി ഓരെ മുമ്പിൽ അടുക്കാനും തോന്നുന്നില്ല ഓറെയാക്കാനും തീരുന്നില്ല ഒരോട് സീറ്റ് കൊടുക്കുകയും ഭാരം തോന്നുന്നവരാൻ അലൻ മുപ്പൂസിന് ഹൈഎസ്റ്റി ൊണ്ട് മറ്റങ്ങൾ ഉണ്ടാക്കി നെഫ്റ്റ് ഹയാത്തായി പോയിട്ടുണ്ട് അത്തരം ആളുകൾക്ക് ഇവരു ഭാരം തന്നെയാണ് രണ്ടാണ് പുസ്റ്റിലാണ് അതാ ധ്യാനൽ മയ്യത്തെ ലായവീലഹി ഇല്ലാ മെസിരുഹു മയ്യത്തായ മരിച്ചിട്ടുണ്ടല്ലോ ലായവീലഹി അവരെ കൊണ്ടാണെങ്കിലും ഇല്ലാ മെസുരുഹു നെഫ്റ്റ് മയ്യത്തായ ആളെ അവനെ കൊണ്ടാണോ തയ്യാറുണ്ടാവുള്ളൂ ഈ മയ്യത്തേറെ ഉദ്ദേശിക്കുന്നു നെഫ്റ്റ് മയ്യത്തായ ആള് അപ്പോ ആരും ചെയ്യുന്നു അവരെ കൊള്ള അണയൂല ഇല്ല മിസുല ആരിപ്പായ മറ്റുതാക്കല്ലാണ്ട് അണയാൻ കഴിയൂല മറ്റോക്ക് ഒത്തു ഭംഗിയൂല അതാ സഖ്യന്ന് പറഞ്ഞാല് ഓനപ്പൊണ്മ്മ കൊണ്ട് ഒത്തിച്ചുകൊണ്ട് ഭംഗിയൂല അല്ലാണ്ട് അമിതമായിട്ടൊന്നും കാണൂലോ ബാസിനീയത്തിന് അതിന്റെ മിക്കവാറും പണിയുണ്ടാകുന്ന ബാസിനീലാണ് എന്തൊക്കെയാ ഭയ സിക്രത്തിൽ ഓനഅമിറത്തിൽ സിക്രത്തുണ്ടാകും നെമിറത്തുണ്ടാകും വിക്രറ് ഫിക്കിർ നെതിർത്ത് മൂന്നോണല്ലോ വെറും നിസാനുമായി ബന്ധപ്പെട്ട അതിനു പേരായി വിക്ട് അങ്ങനെ തത്തി മൂന്നു നിസാനും വിക്ട് കല്ലിന്റെ മൊക്കാമ്പിലേക്ക് എത്തിയാൽ എന്തു പറയും ഫിക്കിറത്ത് റോയിന്റെ മൊക്കാമ്പിലേക്ക് എത്തുമ്പോൾ നനിറത്ത് അപ്പോ അതിർത്തേത്തിയല്ലോ അപ്പോൾ ഒന്നാമത്തെ പണി വിട്ടു ലാഹിൻ വന്ന് വിട്ടല്ലോ അപ്പൊ ഫിക്കിറത്ത് നിറത്തെ അതെ ബാക്കിയുള്ളൂ ഇതാണെങ്കിലോ നായനുള്ള പണിയെല്ലാം താനും ഇപ്പൊ പക്കുലും അന്നള്ളറ ഇരമാല ഹിമം ലാഹിറ ഇവരുടെ ലാഹിറമാലും ഒക്കട്ടെ ഇഷ്ട ഹാപ്പി എനിക്ക് ആന്റെ കണ്ണിലെ വളരെ ദുഷ്ടമായിട്ടേ തോന്നുക അതിപ്പ ഓരോ പഴയത് പറഞ്ഞാരി ഞാൻ മിക്കുന്ന എഴുതുന്നേ മറ്റേ ജീവിത കൂടുതലായിട്ട് ചെയ്യുന്ന അതിലെ ലാഹന എന്നെ കാണുന്നുള്ളൂ എന്നിട്ട് ഇവരാ വലിയാണ് നിങ്ങൾക്കെന്താ അപ്പൊ ഓന്റെ കാഴ്ചപ്പള്ളും കൊറേ ഉറക്കയ്യണം കുറെ അങ്ങനെ ആക്കണം കൊറേ മറ്റൊന്നും അതിനൊക്കെ അകത്ത് ഉണ്ടാകണം ഇതിനുമുള്ളിങ്ങനെ കെട്ടിമറിയാന്ന് മറ്റൊരു ചിന്ത പോലും അപ്പൊ ക്വാളിറ്റിയിലല്ല ക്വാണ്ടിറ്റിയിലേക്കാണ് മറ്റവരുടെ നോട്ടം അവരെ വാഹനയാക്കുന്നത് ഇവിടെയോ ക്വാളിറ്റിയിലാക്കും ക്വാണ്ടിറ്റി അല്ല പ്രാധാന്യം അപ്പൊ ക്വാളിറ്റിയൊക്കെ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ആളെന്താക്കും ഇവർ അയമാര് കണ്ട ഒന്നുമില്ല വളരെ തുച്ഛം പറയും അപ്പൊ പല എക്കണോമി ധരിയൊക്കെ ഇനി ഇവരെ ധരി കൊണ്ട് പൊരുത്താക്കൂല നമുക്ക് ധരിക്ക് വേണ്ടപ്പോ ചിലവണ്ണം പണിയുള്ളതാവണോപ്പാ നല്ല നേരം വെളുത്തേന്ദ്ര നേരണം പണി ഉണ്ടാകും ആ പണി ഇങ്ങനെ വിചാറായാലുണ്ടാകുമോ മറ്റൊരു ആളെടുക്കൽ ഇവർക്ക് പണിയുണ്ട് എന്ന് ബോധ്യപ്പെടുള്ളൂ ജീവിതം അങ്ങനെ ഇങ്ങനെ കണ്ണു ചിങ്ങിഞ്ഞിരിക്കുക അഭയം കൂടി ഉറങ്ങല്ല നാളെ ഒന്നുമില്ലല്ല മണിക്കൂർ സൂചന അർത്ഥം പോലെയാണ് രക്തം സൂചിയാണ് മറ്റോ അതിങ്ങനെ അവർ എടുക്കുന്നതാണ് ഇങ്ങനെ നടക്കുന്നു കണ്ട മണിക്കൂർ സൂചി അതിന്റെ നടക്കുന്നത് ഏറ്റവും നിഷ്ട പക്ഷെ ഇത് അറുപത് കൊണ്ട് ഇങ്ങനെ തുറച്ചിട്ടിങ്ങനെ വട്ടം കറങ്ങിയാലേ മൂപ്പേർ നല്ലൊരു നീതി ഇങ്ങു അയിരം കൊല്ലം ഈ ലായ ഭാഗത്തോണ്ട് ഇങ്ങനെ ചലിച്ചാലും മറ്റോടെ അല്പസമയത്ത് ഈ ഭാഗത്തേർന്നിണ്ടാവുള്ളൂ മണിക്കൂർ സൂചി നടക്കുന്നുണ്ട് അല്ലേ അതെല്ലാം മറ്റുള്ള അബ്ദുൽ മുർഖി ഞങ്ങള് പറഞ്ഞത് എല്ലാ നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ചൊന്നും കാണാത്ത മലകളെന്ന് എനിക്ക് തോന്നുന്നു അത് അനങ്ങുന്നൊന്നും ഇല്ലെന്ന് അതും ഇങ്ങനെ നടക്കുന്നുണ്ട് ഭൂമി കറങ്ങുന്നില്ലേ അതൊക്കെ മഴ ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ കാണുന്നില്ല ആ അങ്ങനെ കാണാത്ത ചെലപണി ഞമ്മടുത്ത് എന്തും ഇബിനി തജീബി റബിയുളന്ന് പറയുന്നു അൽ മുങ്കി അരൽ പൊക്കറ ഈ പൊക്കറായി ആചരിക്കുന്ന കൂട്ടറുണ്ടോ മൂന്ന് തരക്കാറാണ് ആ മൂന്ന് സിനിഷുകാരാണ് ആചരിക്കുന്നത് ഒന്ന് ദുഞ്ഞാവിന്റെ അറബാധികങ്ങളും അവർ അസുബായങ്ങളുമാണ് ദുഞ്ഞാവിന്റെ അധികാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് വൽ ജാമീദിന് മിനൽ ഫുറോയി എത്തി വെറും ഫുറോയിയായ മസാലയിൽ ഉണ്ടാവില്ല സിറ്റു മസാല മാത്രം കേറി പൊളിച്ചിട്ടു വൈഡ് വെച്ചിട്ട് കോലങ്കീരി മാത്രം ഇങ്ങനെടുക്കുന്ന അതിന്റെ മോട്ടെ ജാമിതായി കൂടിയാളുണ്ടാവും അല്ല അതിന് മൊത്തം നിൽക്കുന്നേ അങ്ങനത്തെ കൂട്ടം അതുപോലെ തന്നെ മൈല മാറുന്ന് കരുതി പിന്നെ വൽമുഅില്ല മറ്റൊന്ന് അയമാരി നല്ലോണം മുങ്ങിയ ആളുണ്ടാവും ആ ഇഭാഗത്തുകളിൽ ആൽ മുത്തോൻ അവർ അതിന്റെ വിഭാഗത്തിന്റെ മണം കൊള്ളല്ലേ ഉണ്ടാവില്ല ആക്കിക്കത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവർ അത്തുപാരിങ്ങളും ഇങ്ങനെ മൂന്ന് കൂട്ടറാണ് പൊക്കറിക്കുന്നത് അത്തമാനഅസമാധനത്തിന്റെ വാസന മാത്രേക്കലി ഇവര് അയമാനം മുങ്ങിയിട്ട് ചെറിയ വാസന മാത്രം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അപ്പം പൊരിക്കുന്നുണ്ടാവും ഇപ്പ അപ്പം പൊരിക്കുമ്പോഴത്തു മണക്കുന്നുണ്ടാവില്ല പക്ഷെ തിന്നിട്ടില്ലല്ലോ അമ്മ അടുന്നുണ്ടാവു അപ്പുറത്തുനിന്ന് അപ്പൊ അട പാത്രത്തിലാക്കി തിന്നിട്ട് രുചി ആസ്വദിക്കലും അപ്പം പൊരിക്കുന്ന മണങ്കട്ടും വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ടല്ലേ മണം കൊണ്ടാന്ന് നോമൂറിയിലാന്ന് പറഞ്ഞത് അപ്പൊ അപ്പം പൊരിക്കുമ്പോ മണം കൊണ്ട് മണാക്കി നല്ല സ്വാദല്ല മണ എങ്ങനെ ആസ്വദിക്കാൻ നോമൂറിയോ അപ്പൊ നോമൂറിയിലാണ് അത്ര ആസ്വദുണ്ടാവും ഇളായറായ അന്മാരെ മാത്രം മുങ്ങിത്തപ്പിയാക്കുണ്ടാവും ഒരുതരം ഒരു ഇത് അല്ല നോക്കാബ് തുന്ന അതല്ല ഒന്നാമത് പറഞ്ഞത് അത് പിയൽ അൽതാബു ലഹും ഓറുമായിട്ട് കൂറ്റാത്ത തന്നെ ഓറെ ചിന്താഗതി വേറെ നമ്മുടെ ചിന്താഗതി വേറെ അവരുമായിട്ട് ഒരു നിലക്കും ഒത്തുപോകുന്നില്ല ഇത് തന്നെ അവർ പറയും തുഞ്ഞാകെ പറയ പാടിക്കൂട്ടണം ഇവർ ഇവരുടെ സുഖത്താകുന്നു മറ്റോർ പറയും മറ്റേത്തോണം ഇവർ പറയും ആളുമോ കേരളത്തിലെ നേതാവ് ആകെ എല്ലാ രംഗത്തും എതിരാണ് ഒന്ന് ഇത് ഇത്തരത്തിൽ ജാതിഹിൻ വേറെ ഭക്ഷണത്തിനൊന്നും കഴിഞ്ഞാൽ മിനിക്കൊന്നും ഉണ്ടാവില്ല മറ്റോ തേച്ച് മിനിറ്റിട്ടെങ്കിലും ചെത്തായിക്കിറങ്ങണ്ടേ കണ്ണടങ്ങൾ നോക്കിട്ട് മറ്റവർ എന്തെങ്കിലും താഹരായ വസ്ത്രം ഇട്ടിട്ടെങ്കിൽ കീഞ്ഞില്ലേ ഭരവത്ത് പോലും കൈ മറിച്ച് ഞാൻ പറഞ്ഞില്ലേ കുപ്പായ നേരെ അടിമാറം കിട്ടുകഴിച്ച് കുപ്പായ്ക്ക് പുറത്തു കിടന്നു തങ്ങളെ ഞങ്ങളെ കുപ്പായ അടിമാകം കിട്ടതും ഓ അങ്ങനെ അങ്ങനെ കട്ടും ഞാൻ ആദ്യം ഇട്ടത് അല്ലാതെ വേണ്ടീട്ടാണ് ഇപ്പൊ മറിച്ചൊന്ന് അവിടെ അള്ളാഹ് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി മറിക്കാൻ തയ്ക്കാറില്ല എന്നാ പറഞ്ഞ കുപ്പായ അടിമന്നാല് ചെയ്ത് എന്തായാലും അവിടുത്തെ പറയുന്നുണ്ടല്ലോ ഈ തൊന്ന് പുറത്തേക്കാണല്ലേ അവിടെ നിന്ന് ഇപ്പൊ അള്ളാഹ് എന്താ നിങ്ങൾ അള്ളാക്ക് വേണ്ടിയിട്ട് കുപ്പായോ ജനങ്ങൾക്ക് വേണ്ടി മറിക്കാൻ കഴിയാറില്ല കുക്കില്ല വക്കില്ലാ ജാഹിം അവരുടെ ജാഹ ആണെങ്കിലോ കൊറേ കുറവുകൊണ്ട് ഇത് മന്ത്രിയാവുന്നില്ല അതാകുന്നില്ല ഇതാവുന്നില്ല റിദുമായിട്ട് എപ്പോഴും എതിരാണല്ലോ ഇത മിദ് അർബാബുദ്ദിനി ഈ റിബിന് എപ്പോഞ്ഞുഞ്ഞാണെങ്കിലും കസാപത്ത വപ്പൂലല്ല അമൽ ഹൃദയത്തിന് കാഠിന്യവും പിന്നെ മേലെണ്ണം കുതിയും വ്യാപോഹങ്ങൾ അതിനെ വർദ്ധിപ്പിക്കും ും അവരുടെ അത്തുപായങ്ങളെത്തിയും മറന്നാത്തിയും അവരെ തീർപ്പതി കിട്ടാൻ വേണ്ടിട്ട് അവരുടെ മതി ഒത്തു നീങ്ങുന്നുണ്ടാവും അതുകൊണ്ട് ഇപ്പൊ കുറാകൊത്ത് പോകൂല്ലോ ഇത് രണ്ടാമത് പറഞ്ഞില്ലേ ജാമ്യീങ്ങൾ വാമൽ ജാമ്യായ കാര്യങ്ങളിൽ മാത്രം ഉറച്ചിരിക്കുന്ന കൂട്ടർമാവുന്നാഹിറാഹിരന്റെ മൈനാകുമാർക്കാണെന്നുള്ള പേര് ും അവര് വിചാരിക്കുന്നു ഏറ്റും ശരീരത്തിന്റെ എല്ലാം ഞമ്മക്ക് തിരിഞ്ഞിരിക്കുന്നു എല്ലായി എല്ലാം തിരഞ്ഞാളാണ് ഞമ്മ ഓറെ വിചാരം ഇന്റെ അപ്പുറം ഒന്നും ഇല്ല നമ്മൾ കാണാത്ത അപ്പുറം ഒന്നും ഇല്ല എന്നിട്ട് വരൂ അനാമം തറക്ക തരീക്കവും അവരെ ഉപേക്ഷിച്ച് ആളുകൾ ഓടാക്കും അവർ ഇഞ്ചാറാക്കും ഓറെ ബാക്കി കുടിച്ചില്ലെങ്കിൽ എല്ലാവരും എതിർക്കും നമ്മൾ കണ്ടതിന് അപ്പുറം ഇല്ലല്ല മുന്നാസം ഇവര് കേൾക്കുമ്പോ എല്ലാവരും ഓറെ ഭാഗത്തേക്ക് പോയി ഇത്ര വലിയ നാടുകളുടെ ഇത്ര കടം താടി വെച്ച മൂലാർക്ക ഇങ്ങനത്തെ നെയ്ക്ക് വെച്ചിട്ടില്ലേ വേണ്ടി എന്തായി കഴിക്കുന്നു അപ്പറഞ്ഞല്ലാണ്ട് ഇങ്ങും പറഞ്ഞാ മസാല അല്ല ഓറെ അവാമുന്നാസം ഓറെ പിന്നാലെ പോയി എത്തരത്തിൽ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈഹാത്ത മുട്ടാത്തരാണ് താനും ഇവർ വിചാരിക്കുമ്പോഴല്ലേ ശരീരത്തിൽ ഇപ്പൊ ബാഹ്യരായ കെത്തിരി കെട്ടിയാൽ തന്നെ അതിനുള്ള എന്തെല്ലാം മാന്രാത്വങ്ങൾ ഉള്ളി പാത്രയായിട്ട് കിടക്കുന്നുണ്ട് അത് മുഴുവൻ ഈഹാത്ത ആറ്റോർ എങ്ങും സമ്മക്കാല പിന്നീട് ഇബിനിൻ പറയുന്നു ഹൈക്കത്തിൽ സിക്ഹി ശരിക്കും വന്ന ആ ഫിക്ഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ച എന്താണ് കൊറേ ബാഹ്യതായ മസാല പറയലാണല്ലോ ഫിക്ഹ് ايضا فصل الى تصوف الامر اليه ان شهريا يشفهم انه ماء ادى الى تركب دنيا وطلب الى اخرى دنيا وشعرانهم آخذتين افتحادان يندان وبرهدف جادان الشهريا يشفهم انه سادنا يفكشوا في الدين انور لله افقاطن دا لا هراء ما تالا ريوركونا للهوم اني منامت دا متعمقونة في الاعمال അത് അൽ മുത്തലി മോന അപ്പൊഹും അവരെ ശൈതാൻ കിട്ടിനിയാക്കി കാരണം നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ കിട്ടലി വിവാദത്തോണ്ട് കിട്ടണ്ടതല്ല ഇത് തന്നെയാണെന്ന് എന്താക്കി ഓർക്ക് പറഞ്ഞു കൊടുക്കാം അല്ല ഓർ ആയമാലോട് കാണുന്നുണ്ട് അവരെ ശൈത്താനാക്കി യദീദൻ കൊറേ ആയമാലോറ് വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്ങത്തെ അയമാല് അത് നുഹുവാൻ അതിനൊണ്ട് വിരോധിക്കപ്പെട്ടതാണ് ഞാൻ ആ ചിറയിൽ പറയപ്പെട്ട അയമാലിന് ഇതൊന്നും പോരാ തോന്നീട്ട് ഓറെ വക വിദേശത്തായിട്ട് കൊറേ ആയമാല വേറെയും വെച്ചുപെട്ടു ബാരി കെട്ടലുണ്ടല്ല ചെറയിൽ പറഞ്ഞൊന്നും പോരാക്കോയിനി അപ്പൊ എന്താണോ ഞമ്മളെ വക കൊറേ അധികരിക്കട്ടു വകാചരിക്കല്ല അങ്ങനെന്തല്ലേ മറ്റേന്ന് മീനിലേടേയും കിട്ടിയും കാണുമല്ലോ കൊറേ അഴ്മാലികള് വാരി വെച്ച് വെട്ടുകയല്ല അയമാലി ചെയ്തിട്ട് വിജയിച്ചു അതാ വിരോധിക്കപ്പെട്ട കൊറേ അന്മാരുകൾ ഉണ്ടാക്കി വിരേറ്റായിട്ട് ഓർഡർ വെച്ച് കെട്ടിയിട്ട് വിവാദത്തെ പോലെ തന്നെ അവിടെ അല്പം അതുകൊണ്ട് പിന്നെ എല്ലാവരും നിക്കുന്നിട്ട് വയ്യ ബിരിയാണി പൊതിയും വന്നിട്ട് ലെറ്ററക്കാറ്റ് ഹിമാമിതമായിട്ട് വേറെ ഇരിക്കാനോ ഇല്ലേ ആ സന്ദർഭത്തിൽ സറാവിടെ പോലോ ബിരിയാണി ഇട്ടാലും എവിടെ ഇല്ലാത്തണ്ടാവും ഇങ്ങനെ ബിരിയാണി എല്ലാം വെച്ചിട്ടോ ബിരിയാണി പൊടിയും കിട്ടിയിട്ട് വാങ്ങാൻ എത്ര വെക്കാത്തോ ആ അങ്ങനൊക്കെ ഉണ്ടാ സിറയിലെങ്കിലും കണ്ടിട്ട് ഇമാനത്തായിട്ട് അതെ അച്ഛന്റെ അതെ അതിലെ അഴമാനൻ അത് നുഹ്വല്ലി സുജോദ് പിന്നെ സുജോതിന്റെ സ്ഥലം ചെവിട്ടീറ്റിട്ട് പോക്ക് നിൽക്കാനുള്ള സ്ഥലം പൊട്ടി കഴിഞ്ഞിട്ട് ആ ചെവിട്ടീറ്റ് പോക്കാം അപ്പൊ നല്ലതാണെന്ന് ഉപയോഗിച്ചിട്ടോ ഈ മീനിലില്ലാത്ത കുറെ അഴമാലകൾ എന്താ ഒന്ന് കൂട്ടിച്ചേർക്കും ഇച്ചിരിക്കുന്ന അപ്പൊ നമുക്ക് മിന്ദി സാ പോയപ്പോ നിക്കാരം പാട്ടില്ല ഇങ്ങനെ കൈകൊട്ടല് അല്ലാതെ വർക്ക് പറഞ്ഞു ഇങ്ങനെ എന്താന്ന് കരുതി സൂചിക്കാൻ ഇങ്ങനെ ഈ ജീപ്പിലിട്ട് നൊച്ച ആളുകറിപ്പോ അയാൾ ഡ്രൈവറിഞ്ഞിട്ട് ഓടിച്ചില്ലേ എന്നിവ അയാൾക്ക് കിളച്ചുവിട്ടാ മാത്രമേ തീറ്റൂറ് വർദ്ധിപ്പിച്ചിടങ്ങുണ്ടാക്കാൻ തുടങ്ങി അമലേ അമല ഇത് കാണുമ്പോ ജനങ്ങൾ അവർ ആദരിക്കാൻ തുടങ്ങി ഞാൻ അവർച്ചോരീ അല്ലാതി ഏ ഇന്ന ഉപ്പാപ്പുപ്പാപ്പുപ്പാപ്പ മറ്റുള്ളവർക്കൊന്നും നോമ്പല്ല മറ്റേതെല്ലാം ഇതെന്താണ് കായ്മ അപ്പൊ ഇവരെന്താക്കുന്നുണ്ടത്തിനൽ പൊക്കറ പൊക്കറാവിനെ കുറവാക്കും നമ്മൾ ചെയ്ത് അത്ര ഒന്നും ഓര് ചെയ്യുന്നില്ല അപ്പ ഓരോ കാണാൻ അന്നോടാ നോക്കുന്നു അല്ലോണ്ട് എന്നൽ പൊക്കറാ നമ്മളെ പൊക്കറാവ് ലായത്തെ തന്നെ ആർക്കും ബോധിപ്പിക്കാൻ ഒന്നും ചെയ്യൂല ആക്കെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യലുണ്ടല്ലേ അതിനുവേണ്ടി ഇവർക്കൂല എത്രീർമാർ ഫീർ അവനവന്റെ അമലുണ്ട് എന്ന് കണ്ടുപോയാൽ തന്നെ അച്ഛക്കാവം ഉച്ചരിക്കാൻ ഓർഗിരി ഞാൻ ചെയ്ത അമൽ ഞാൻ കണ്ടുപോയെങ്കിൽ ഉച്ചരിക്കാൻ ഓർ പറയും അത്രത്തോളം ഗൌരവമാണ് ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് കാണാൻ പാടില്ലെന്നാണ്ഹു അഹലത്ത കഥ അഹലത്ത ഞാൻ ഇഹ്ലാസ് ഉള്ളവനാണ് എന്ന് ഓണിക്ക് തോന്നിപ്പോയെങ്കിൽ മറ്റൊരു ഇഹ്ലാസിനെക്കോട് ആവശ്യമറിയും ഇതിന് ചെറുപ്പിനെ തൊട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പൊതുവെന്താക്കാൻ അവർ പോകുന്നു അത്രത്തോളമാണോ അവരുടെ ചിന്താഗതി പോകുന്നു ഇതിനുള്ള സോഫിയത്തോ സോഫിയത്തും പോയത് മദബബ് അഹിലുൽ അഹിലെ മറ്റവർക്കൊക്കെ ആ കിതാബോ അതല്ല എന്ന് പറഞ്ഞിട്ടു അഹുൽ ഖുറാൻ ആരോ തയങ്ങാറല്ലേ അധ്യാനിയുടെ വിവാഹയല്ലേ അകലിനെ മുമ്പ് കിതാവോ വേണ്ടെന്ന് പറഞ്ഞത് എന്താ നോക്ക് സഹോദരന്മാരെ മദലുൽ ഖുർആാൻ അഹൽബാൻ കണ്ടില്ലേ ഈ കിതാബി തന്നെ പറഞ്ഞിട്ടതാ ഈ അഹൽ ഖുറൻ അഹൽ ഖുറാനല്ല ആ അതും വറാത്തമ്മിലൊക്കെ ജോലിയില്ലേ എന്താ കണ്ടില്ലേ അല്ലെന്ന കണ്ടില്ലേ വറാത്തോ കണ്ടില്ലേസിന്റെ അലുകാരുടെ മതഹമിലേക്കാണ് അവർ പോയത് ഒരോ മുഖം അവരുടെ ഇൽമാണെങ്കിലോ മക്കാരിമല്ല മഹത്തായ സ്വഭാവങ്ങളുടെ മഹിമയാണ് അല്ലത്തി എങ്ങനെയുള്ള മക്കാരിമല്ലം ിമഹ ഇന്നു തമ്മിമ മക്കാരി കൊണ്ടു മുൻകിഴിഞ്ഞു വായി അമ്പൽ കൊണ്ടുവന്നതാണല്ലോ മക്കാരിമുല്ലാഖ് അതിനെ പൂർത്തീകരിക്കാനും അതിനെ സമ്പൂർണ്ണമാക്കാനും വേണ്ടിയാണ് എന്നെ അയച്ചതെന്ന് പറഞ്ഞത് ആ മക്കാരില്ലാഖാണ് ഇവരുടെ ഒരു മുകൾ മറ്റുള്ള പടപ്പുകളെല്ലാം മത്തുനോ നബി ഇതുകൊണ്ട് തേടപടാ ഇതുപോലെ ആയിക്കോണും തേടപ്പെടേണ്ടവരാ ഇവിടെപ്പോലെ ആകുമെന്നാ വരേണ്ടത് വാലിക്കു അസ്സലാം ഇവനൊരു തെയോജി ബിജും കലാം കഴിഞ്ഞു അൽ മുറാദും അതിൽ നിന്ന് പ്രത്യേകിച്ചും മാത്രം കദന ബി മോക്കവേ ഒരു മിസാദ് പറയുകയാണ് ഇതിനെപ്പറ്റി ലിമൻ ജഹില കദനഫ്സിഹി നഫ്സിന്റെ കദറിനെ അവൻ ജാഹിലായി എത്തരത്തിൽ ആ നഫ്സ് അവന്റെ കൂടെ തന്നെ അവൻ്റെ അപ്പോ തലയിൽ വണ്ടവസ്ഥ ഇതിന് നെയ്യെ പരുതാൻ പോവുക ഈ വണ്ണ അന്വരിക്ക നെയ്യായില്ലേ അപ്പോൾ വണ്ണ കൈ പിടിച്ചവന് നെയ് വരുതാൻ പോയ മാറി മൂപ്പറ വർണ്ണവാഴി ആക്കുന്നു നെയ്യ് ഇവനിക്കും കിട്ടണ്ടെന്താണോ അതിന്റെ കൈമ തന്നെ ഉണ്ട് അപ്പോ നിങ്ങൾ ഒഴുകുമല്ലി മറ്റൊക്കെ നിങ്ങൾ ആകാശന്റെ ആകാശത്തെ മുകളിലെല്ലാം ഏണിവെച്ചു കയറുന്നു ഒക്കാന്ന് കൊണ്ടുപോയില്ലേ അപ്പൊ ഉരോമ്പുകൾ എവിടെയുള്ളത് ആകാശത്തിന്റെ മൊള്ളം ലേണി വെച്ചിട്ട് ഗവീറ്റ് വരുന്നേ ഭൂമിന്റെ അടിയിലുള്ള കളച്ചു നോക്കാന് ഭാരന്റെ അടിയിലുള്ള മുങ്ങി തപ്പാൻ ഓരോമ്പ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരാനുണ്ട് എന്ന് പറഞ്ഞില്ലേ പക്ഷെന്തോണം ആദ്യം മരിക്കാനുണ്ട് മരിച്ചിട്ട് തയാത്താവലുണ്ട് അതിനോറും പറയും നഫ്സിന്റെ കഥ ഇതിനുള്ളിൽ തന്നെ മനസ്സിലാക്കുന്നില്ല ിഹി അവന്റെ വീട്ടിൽ നിന്ന് ആ ദാറുൽ നിന്ന് സുഖന ജാഹിരായ മനുഷ്യ എന്ന് വെച്ചാൽ ദാറ വലിയൊന്ന് സുഖനെന്ന പ്രത്യേക താമസത്തിന് തയ്യാറാക്കപ്പെട്ട പ്രത്യേക ആ സ്ഥലതാ എ സുഖനെന്ന് പറയും അപ്പം വീടറിയാം പക്ഷെ സുഖിനെ അറിയാണ്ടായി പോയി എന്നുവച്ചാ ഈ ശരീരത്തിന് ഇവനുണ്ടാക്കുന്ന ഇവന്റെ എല്ലും തോരും കൊട്ടും മുട്ടുകളെല്ലാം അറിയുന്നുണ്ട് പക്ഷെ ഇതിനുള്ളിലെ കഴമ്പോം കാണുന്നില്ല അതാണ് കാതലായ വശം അതറിയാണ്ട് പോയി ഞാൻ സൂചിപ്പിക്കുന്നു അപ്പൊ ജാഹിരൻ എന്റെ തന്നെ അപ്പോൾ ആണ് സുഖിനീത് ദാറിലേക്ക് അപ്പൊ ദാറിൽ നിന്ന് സുഖിനെ അറിയാണ്ടായി പോയ മനുഷ്യാറിൽ കയറി പക്ഷെ സുഖിനെ അറിയാണ്ടായി പോയി അപ്പൊ ആജിരോട്ട് നിന്നിട്ട് ആജിരോടിയെന്ന് മതിയായി നാളെ ആജിരോടിക്കാൻ കണ്ണൂർ പോയി ചോദിച്ചിപ്പോ ആജിരോടെയാണ് മുരാൾക്കാർ നിങ്ങൾ നിന്നറോട് തന്നെ രാജിരോട് നിങ്ങൾ അജിലോട്ടി നിന്ന് രാജുരോട് തന്നെ എത്തിക്കുന്നു അതാ എത്തരത്തിൽ ബഹുമയു അഗ്നി അവൻ വീട്ടിക്കൊണ്ടേയിരിക്കുന്നു അടച്ചുകൊണ്ടിരിക്കുന്ന അവൻ എപ്പോഴും കിറാഹ ഈ വീട്ടിന്റെ വാടക കിറ കിറാഹ്യ കിറാഹ വീട്ടിന്റെ വാടക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സുഖിന് കിട്ടിയിട്ടുമില്ല വീട്ടിൻ്റെ ഓനോട് താമസിച്ചാലും അറിയുന്നില്ല വടങ്ങ അടക്കുന്നുണ്ട് അപ്പൊ ലഫ്റ്റിന് പറഞ്ഞാലോ അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നുണ്ട് കൊടുക്കണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ കാവലോട്ട് കിട്ടിയിട്ടില്ല ഇങ്ങനെ ജാഹിരായ മനുഷ്യ നോക്ക് വിളിക്കുന്നു വലം തകൽ കൊല്ലോ തന്ത് എന്ന കൗലുകഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നാം അമ്പത്താറാമത്തെ ബ്രേജി മനുഷ്യന്റെ നഫ്റ്റൻ നാട്ടിൽ കാണാൻ വന്ന ഈ റോഹി അല്ലാമത്തായിരുന്നു ഡർറാക്കത്തായിരുന്നു ഇന്നും ഇതറാക്കും ഒരേ സാധനമായിരുന്നു പക്ഷെ മേഖലക്കനുസരിച്ച് ഇല്ല ഇദറാക്കിന്റെ ദൈരത്തി വ്യത്യാസം വരും അതിന്റെ മേഖലകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ലഫ്സിന്റെ മേഖലയിലൊന്ന് അൽമിന്റെ മേഖലയിലൊന്ന് പിന്നെ റോഹിന്റെ മേഖലയിലൊന്നിങ്ങനെ മാറ്റം വരും ഒന്നും കണ്ടുകൊണ്ടിണ്ടല്ലോ അപ്പൊ അസലും മോഹി റോഹിന്റെ അസലെന്താ حتحة نور جبروتيا ، جبروتيا ، نور درد اشتان دلن يوم ونعطوتي اللهم ، ما لكوتي اللهم اذنهم قبرية جبروتية جبروتية اللهم انت من احنرات لا تن شهر كبرة نوري اينا ساميبان دن نحنرات ما ايجاب انضبرتون اينا ستوادا سيتي وانور قوله تعالى ونفخت فيه من روحي ناورنزي അവനിലേക്ക് ഞാൻ ഊതിയത് എന്റെ ഊഹ എന്നെ കൊള്ള ചേർക്കപ്പെട്ട ഇളാപ്പത്തിയപ്പെട്ട ഊഹ് ഓഹൻ എന്താക്കി അവാഹനക്കൾ ഇതാപ്പത്താക്കി ഇല്ലാപ്പത്ത് ദശരീഫ് ഇല്ലാപ്പത്ത് പലതരത്തിലുണ്ടല്ല കൊല്ലു ജുസയിലേക്ക് ജുസീനെ കൊല്ലിലേക്ക് ലാപ്പത്താക്കലുണ്ട് കൊല്ലിന് ജുസിലേക്ക് ലാപ്പത്താക്കലുണ്ട് മാലിക്കൻ മമലുക്കിന് മാലിക്കിലേക്ക് ലാപ്പത്താക്കലുണ്ട് പല ഇതാപ്പത്തുണ്ടല്ല ഇല്ലാപ്പത്ത് ബയാനിയുണ്ട് ഇതേതാ ഇതാ ഫുഡ് തശരീഫാ അപ്പൊ പനമ്മ റുക്കിബട്ട് ഈ റൂഹിനെ ഫിറ്റ് ചെയ്തപ്പോൾ ഈ ഹാതൽ ഹൈക്കടി ഈ ശരീരമാകുന്ന കൂടാരത്തിലേക്ക് ഫിറ്റ് ചെയ്തപ്പോൾ അസലഹ അതിന്റെ അതിൽ മറന്നുപോയതാണ് പണ്ടത്തെ ഇലം ഇതിരാക്കുന്ന ഈ പോർമയിൽ സ്റ്റോല് പറയിട്ട് പണ്ടതൊക്കെ ഇനി സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോഴിവിടെ ചെയ്യേണ്ടതെന്താ പണ്ട് സ്റ്റോക്ക് വെച്ച കുല്യായ ഇലുമിന്റെയും ഇതിറാക്കുണ്ടല്ലോ അത് തിരിച്ചെടുക്കലേ കൊണ്ടു നേരത്തെ ചോക്ക് ചെയ്ത ഒന്നെന്തിനുള്ളിൽ അലസ് വിളപ്പിക്കും കാലോ പരാതി അന്നേരം സംഭവിക്കില്ലേ ഇവിടെ വന്നിട്ട് ചൂലങ്ങൾ മനോ ഫീർ ചെയ്തിട്ടുള്ളിലുണ്ട് എനിക്ക് ക്രമത്തിലെന്തേ വേണ്ടോ ഈ തടസ്സങ്ങൾ ദൂരീകരിച്ചല്ല വൈനമായ ഈ ശരീരമാകുന്ന മോഹു ആണ് ഇൽമിനി മിതവാക്കിന് അത് അർപ്പിച്ചുള്ളതിന് തടസ്സമായി നിന്നത് ഇനി എന്ത് ചെയ്യാ ഇതങ്ങട്ട് ദൂരീകരിക്കുക അപ്പൊ നേരത്തെ വള്ളം ഉണ്ടായിരുന്നു വണ്ണല്ലോട്ട് മൂടിപ്പോയി അവന് മണ്ണെല്ലാം നീക്കി നീക്കി കോരിട്ട് വള്ളം തെളിയിച്ചെടുക്കുകയല്ല പേ വെള്ളം തിരിച്ചുവിടും അപ്പൊ ഓരോ മീനുള്ളിൽ തന്നെ വരാൻ തുടങ്ങി അച്ഛന് വളർന്നുപോയി അതിന്റെ കാലഗോരവം അത് ജാഹിലായിപ്പോയി അതിന്റെ കാരണുണ്ട് ഹിക്മത്ത് കൊണ്ട് തന്നെ അപ്പോൾ അതിന്റെ അസുഖിലേക്ക് എപ്പോഴും അത് ഇസ്ക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം ആ നാട്ടിലേക്ക് പോകണം നാട്ടിലേക്ക് പോകണം എന്നാണ് ജയിച്ചുവിട്ടാലുണ്ടാകുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്നു ഇവിടെ നേരം പോക്കിന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇസ്ക്കു വെക്കാം അപ്പൊ കളിച്ചു പോയാല് നമ്മളെ നാട്ടിലേക്ക് ചിന്ത ഉണ്ടാവും പക്ഷെ ആടെ നല്ല പണി തോലെല്ലാം കിട്ടിയിട്ട് കാര്യമായിട്ട് അവിടെ കഴിഞ്ഞു കൊടുമ്പോ ചെലപ്പോ നാടൊന്നും ഉണ്ടാവില്ല ആടെ പണിന്നില്ലാണ്ട് ഇങ്ങനെ വയരമ്പെന്ന് തോന്നുന്നു നാട്ടിപ്പോണം നാട്ടിപ്പോണം നാട്ടിപ്പോണം ചെയ്തു അതേമാതിരി നാട്ടിപ്പോണം എന്നുള്ള വിചാരം ഉണ്ടാക്കാൻ വേണ്ടി അത് ഇവിടെ കാരമായ പണിയിൽ നിന്ന് കൊടുക്കാതെ ഇന്ന് ഈ തടിയുണ്ട് ജിഹാദാക്കി ഇവിടെ ആനുകൂല്യങ്ങൾ കൊടുക്കാണ്ട് പെട്ട നാട്ടിപ്പോണം നാട്ടിപ്പോണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങോട്ടേക്ക് നോക്കുക ഇവിടെ കൊച്ചി പോലെ കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ ഇതിനെ കൊണ്ട് വെട്ടപ്പെട്ടി മാ ഇതിന്റെ കാര്യക്കും അതിനെ ഈ ജസതിൽ കൂടെ പ്രവർത്തനങ്ങൾ ഇലഹാറാക്കിയവനുമായ അള്ളാഹുവിന്റെ മാലിപ്പത്ത് കിട്ടണം എന്നുള്ള വിഷയത്തിൽ നിലവാരം അധ്വാനിക്കുന്നു ഹിറ്റി അതിന് ഹിറ്റിയായ ഹിബിമത്തിലായിക്കൊണ്ടിട്ട് നഫ്റ്റിനെങ്ങനെ തളർത്തുന്നുണ്ട് ചെലുനോക്കിക്കുന്നു ഇത്യാമത്തെ മഹനായി ബാധത്തു ഒട്ടൂന്ന് കിട്ടാൻ വേണ്ടി പക്ഷെ അതുകൊണ്ട് നേരെ ഒറ്റല്ലോ ഏകാപിതത്വത്തിൽ എത്തപ്പോഴും എന്നെച്ചാൽ കുട്ടൂറുട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ അതിലൂടെ ഇഷ്ടമിടപ്പെടുന്നത് ഇനാക്കം സുറേമിനെ നസ് നിന്റെ നസ് നീ എത്ര കാലമാണിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക വക്കൈ വക്കറ പോയിക്ക നീ ഉദ്ദേശിക്കപ്പെടുന്ന ചെയ്തുണ്ടല്ലോ അത് നിന്നിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു പക്ഷെ അതിന്റെ പണിയെടുത്തിട്ടില്ല പണി വേറെക്കെല്ലാം പോയി ഇതിനകം എളുപ്പമുള്ള പണിയെന്നുണ്ടായിരുന്നു ഇങ്ങനെ നടത്തിയാൽ മതിയായിരുന്നില്ലായിരുന്നു ക്ലിക്ക് വേറെ ഇവിടെ എളുപ്പത്തിൽ തുറക്കാൻ അതൊന്നും ഈ ചന്തുവാൻ എല്ലാം വെറുതെ കാര്യം ഇതിനാക്കാൻ എത്ര എളുപ്പമാണ് കാണിച്ചു തരാം എന്താക്കും ഇപ്പൊ ശരീരം വന്നിട്ട് ഒരു തിരിക്കലി ഓ ഇത്ര എളുപ്പമാണെന്നില്ലായിരുന്നു ഇതിനുള്ള പവറൊ സ്റ്റാർട്ടാക്കിയാൽ മതി ഇപ്പൊ നിങ്ങൾ വലിയ ലോഡും മതിയാണോക്ക് അതൊന്ന് നീക്കാൻ വേണ്ടി അഞ്ച് പത്താവളായ് ഹേ ജോ ഹെ ജോ ഹെ ജോലി ഉന്തി നീക്കുന്നുണ്ട് ഇത്രൊന്നും നീക്കാനില്ല ഡ്രൈവർ ഡ്രൈവറായിട്ട് വന്ന് അവിടെ കയറി താക്കോളം ഇത്രയും എങ്ങോട്ടാണ് നീക്കേണ്ടത് അതാ അതിന് കാര്യം എത്ര ഉൾപ്പെടുന്നു പക്ഷെ വേണ്ട ഡ്രൈവർ വേണ്ട നിങ്ങളുടെ പവർ നടക്കി വീടാണ് എത്രയോ വേണ്ടു നിങ്ങളെ ഉന്തിലും കെട്ടി വലിക്കാനുള്ള ഇപ്പൊ അധ്വാനം നിക്കാറുണ്ട് ഒന്നും വേണ്ട ശരിയായ അക്കിളിക്കൻ കിട്ടിയ അതിന് വളരെ എന്താ വേണ്ടത് താരം നിന്റെ അസുലിന് നീ ഒന്ന് ശരിക്കറിയ അതിൽ റബ്ബി എന്നിട്ട് മാറ്റിപ്പുസം കിട്ടിക്കൊള്ളൂ റമിയെന്ന് പറയുന്ന അതിന് ഫലം അങ്ങനെയുള്ളതുകൊണ്ട് പൊക്കം പറഞ്ഞിട്ടുണ്ടാ അങ്ങനെ വഹുമിന്റെ ഹിജാബ് തടസ്സങ്ങളെല്ലാം തൊട്ട് മുങ്കശിപ്പായി ദൂരീകരിക്കപ്പെട്ടപ്പോൾ അബ്വാത്തിൽ തന്നെ എത്തിക്കുന്നു ഞാനും ഇവിടുത്തന്നെ ഉണ്ടായിരുന്നല്ലേ ഈ മുഖം മുടി നോക്കിയ സംഗതി തന്നെയുണ്ട് വളരെ ഏതാ ഹദറത്ത് വഹിയ ദാറത്തി ജഹിരത്ത് സുഖിനാഹ അതാണ് ആ ദാറ് ഏതാറ് ജയിലത്ത് സുഖിനാഹ അവിടെയാണ് ഇതിന്റെ സുഖനാതിന്റെ താമസ കേന്ദ്രം എന്നത് ജാഹിലായി പോയിട്ടുണ്ട് അതാണ്ട് ആന്ധ്രത്തിലായിരുന്നില്ല അച്ഛൻ സുക്കിനൊസ് അപ്പൊ നേരത്തെ ഉണ്ടായ റാഹത്ത് കിട്ടി വ വജരത്തിനെത്തിച്ചു എങ്ങനത്തെ കാന തുനുഫിഹ അതിനാണത് താമസിക്കുന്നത് അങ്ങനെയുള്ള ധാരണ എത്തിച്ചു എങ്ങനെത്തിച്ചു കാനത്തിന് അതിന് കൈകൈവശം കിട്ടിയതായിട്ട് എത്തിച്ചു ഞാൻ താമസിക്കേണ്ട ഭവനം ഏതാണോ അതെനിക്ക് കൈവശമായി തിരിച്ചുവിട്ടിരിക്കുന്നു ഇപ്പൊ വജനത്തിന് രണ്ടു മക്കളിലുണ്ടാവും നാലൻ ഒന്നാം മക്കളോട് നാലൻ രണ്ടാം മക്കോലല്ലേപ്പ വജക്ക ആയില് വജുതാക്ക എത്ര മക്കൂലാണോ രണ്ട് പണ്ട് താമസിക്കാൻ തയ്യാറാക്കപ്പെട്ട ഭവനം ഏതാണോ അത് ഇതിന് കൈവശമായി കിട്ടിയതായിട്ട് അവൻ എത്തിച്ചിരിക്കുന്നു അത് തരകതമായിരിക്കുന്നു ഇത് അല്ലാതെ ഹദ്രത്തല്ലേ പഴയ തറവാട് ഇവിടെ നിന്നുണ്ടാക്കി അതിന്റെ ശരിയായ വഹുമല്ല നീങ്ങി നോക്കുമ്പോൾ ഉസുലിത്തു കിട്ടി ഉസുലിത്ത് കിട്ടിയപ്പം പണ്ടേ താമസിച്ച ഭവനം ഇടുന്ന അച്ഛൻ കരകളുമായി തിരിച്ചു കിട്ടി അല്ല അച്ഛൻ തറവാട് തിരിച്ചു കിട്ടി ചില കാലം ഞാൻ വേറെ നാട്ടിലേക്ക് പോയി വഹിയല്ല ആ തശ് ഓർക്കാതെ കണ്ട കിട്ടിയത് വഹിയക്കാലത്തെ മോദാസദ്ധാരി അത് ഈ വീട്ടിന്റെ ഉടമ തന്നെയാണ് വലക്കെല്ലാം തശ്വർ പക്ഷെ അതിന് പിരിഞ്ഞില്ല വഹ്യം ഈ മെസാബത്തിൽ വെറുത്തന്റെ മാതിരിയായി മനസ്സിലാക്കിട്ടേ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നു ഇതിന്റെ ബഹുബ യുവതി അതിന്റെ വാടക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു ഫലമ അലിമബി ഹസീകത്തില്ല റി കാര്യം തിരിഞ്ഞ് ഇതെന്റെ പോലെ തന്നെയാണല്ലോ അങ്ങനെ അപ്പോ തടക്കൽ കിറാ വാടക അടക്കുന്ന മതിയാക്കാലിക്ക ഇതുപോലെ അൽ ഇൻസാനു മുമ്പായിട്ട് മനുഷ്യൻ വിചാരിച്ചിരുന്നു മധുരോഭായ കാര്യം ഇവനത്തെ വളരെ ദൂരത്താണെന്ന് വിചാരിക്കുന്നുണ്ടായിബംഗം നീങ്ങി കാരണം ഈ ബഹുമാനം താഴെ തടുക്കുന്ന സാധനം അവന്റെ നസ് അള്ളാഹന്റെ ഹദറത്തിലായിട്ട് എത്തിക്കും അവൻ അത് മനസ്സിലാക്കിട്ടുണ്ടാവില്ല وفي ذلك يقول ابو المتاليكه تبرئن قبل اليوم كنت مقيدا بقيود البين محجوبا بالوجه تنحسب مفردي ثنيني لما تبدا جمالك زال عني الغين صاحت عيني بعيني وطيرت عين العين ഈ ദിവസത്തിന്റെ മുമ്പ് ഞാനെന്തായിരുന്നു മുക്കൈതായിരുന്നു എങ്ങനെയാ ബൈ ബൈ എന്ന് പറഞ്ഞാൽ അത് വേറെ ഇത് വേറെ രണ്ടും ബാനേബി രണ്ടും രണ്ടാളുണ്ടല്ലോ ആ ബൈന്റെ കൈതുകൊണ്ട് മുക്കൈദായിരുന്നു കുറച്ചു കാലം മുമ്പ് ആ അതെ അപ്പൊ കുന്ത മുയ്യദൻ എന്ന് പറഞ്ഞ വർഷത്ത് മഹജു ബൻ എന്നായിരുന്നു പറയേണ്ടത് അപ്പൊ കുന്തവിന്റെ പവറാവൂലല്ലോ നേരം മുന്തൂന്റെ താമു അഭിനസങ്ങളല്ലേ അത് പാട്ടിനുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആ പാട്ടിന്റെ ചില എസിലൊപ്പിക്കാൻ വേണ്ടി അമ്മ പാടം പോലെല്ലേല്ലേ ഇച്ചിലുണ്ടായിരുന്നു പിന്നെ വഹമു കൊണ്ട മഹജവും ആയിരുന്നു എന്നിട്ടോ നെഹസബുസിനേനിസിനി രണ്ടും രണ്ടായിക്കൊണ്ട്